പഞ്ചശോധ്യീഭവാചൂർധ്വമൂലമദാഘുരന്ദ്യസ്പ വർണനി േദ സ വേദവിത് അശോർദം പ്രസാധ്യാഗാ ഗുണപ്രവൃത്ത വിഷയ പ്രവാളാ അതശ മൂലദ ർമാീനി മനുഷ്യലോകേ നൂപമസതോപലഭ്യത നോ നാതി സമ്പ്രതിഷ്ട അശ്തമേനം സുവിരുമൂലം അസംഗശസ്ത്രേണ ദൃഢേന ജി തരം തത്തത പദം തത് പരിമാർതൃ യവർത്തഭൂയ തമേവാദ്യം പുരുഷം പ്രപത്യേ Yada nirmana moha യത പ്രവൃത്തി പ്രസതാ പുരാണീ vimukta അധ്യാത്മനി വിവൃത്താമാവന്ദ്ഖദദുഃഖസൈർ ൂഢാ പദമവ്യയം തത് ഭാസയതേ സൂര്യാോന്നാവകാ യദ്വർത്തമ പരമം മ മമൈവാംശോ ജീവലോകൂത സനദന മനഃഷ്ട്രി പ്രകതിസ് കർഷരം യദവാതിച്ചാപ്യുക്രാമതീശരാ ഗൃഹീത് സംയാതിായുർഗന് വാശയാ സ്ോത്രം ചുസ്പർശനം ചനം ഘാണമേ അതിഷ്ടാനചാ വിഷയാപേവേ മന്ദം സ്ഥിതം വാഞ്ചാനം വാഗുണിതം ഹിമൂഢാ പശ്യ പശ്യി ജ്ഞാനചക്ഷുഷാ യോ യോഗിനശ്ചൈനം പശ്യാത്മന്യവസ്ഥ യദന്തോപ്യകൃതമാനൈനം പക്ഷന്യജേതസ യഗദം തേജ ജഗദ്ഭാസ യേഗിലാഗ്നോ തേജോ വിദ്ദിമാമഗം गामा ൂതാരയാമ്യഹ മോജസ पुष्णामि ചൌഷധീ സർ सोमो ഭൂസാത്മഗ അഹം വൈശ്വാമരോ भूत्वा േഹമാശ്രിതാണസുക്താമ്യന്നുർവിധം ചാഹംഹൃതി സവിഷ്ടോ മത്തസ്മൃതി ജാനമവോഹനം ച സ്േദൈഷ സർരഹമേ വേദ വേദേജാഹവിമൗ പുരുഷോ ലോകർവാണി ഭൂത ൂടസ്ര ഉച്ചരുഷസ്ത്വന പരമാത്മേദാഹൃത യോ ലോകമാവിശ്യ നിവർത്ത്യയ ഈശരാസ്മാരമതീതം അക്ഷരാദവിചോത്തമാതോസ്മേലോകേ പ്രതിദ പുരുഷോത്തമാോ മാമസം ജാതിപുരുഷോത്ത സഭജതി മാ ഭാരുഹ്യതമസ്ത്രയാഘാത് ബുദ്ധവാ ബുദ്ധിമാൻ സൃത്യ ഭാരത ഓ തസ്സീ ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രീ ശ്രീകൃഷ്ണാർജുന സംവാദീ പുരുഷോത്തമ യോഗോ നാമ പഞ്ചദശോധ്യായ പതിനഞ്ചാമധ്യേയാണ് നമ്മൾ കാണേണ്ടത് ഭഗവാൻ തുടങ്ങുന്നത് തന്നെ വളരെ ഗംഭീരമായൊരു ഉദാഹരണ ഒരു എന്താണ് പറയുക ദൃഷ്ടാന്തത്തോടുകൂടിയിട്ടാണ് പറയണം ശ്രീഭഗവാൻ ഊർധമൂലമഹുരവ്യയം ചന്ദാം യസ്തം വേദ സവേദവിത് ആദ്യം തന്നെ ഭഗവാൻ ഒരു വൃക്ഷത്തെ ഉപമിക്കുകയാണ് എന്താ വൃക്ഷത്തിന്റെ പ്രത്യേകത ഊർധം മൂലം കൊടുങ്കാറ്റുണ്ടായിരുന്നു തോന്നലോടെ സാധാരണ കൊടുങ്കാറ്റൊക്കെ വരുമ്പോഴാണ് ഈ പ്ലാവ് മാവ് തുടങ്ങിയതെല്ലാം മറഞ്ഞ് വീണിട്ട് ചിലപ്പോ പേരൊക്കെ മുകളിലായിട്ടൊക്കെ നിൽക്കുന്ന കാണാറില്ലേ ഊർധ്വമൂലം ശാഖം അത താഴോട്ടാണ് ശാഖകളൊക്കെ നിൽക്കുന്നത് ഈ വൃക്ഷത്തിന്റെ പേരെന്താണ് അശ്വത്വ വൃക്ഷം യം അശ്വത്വക്ഷം അവ്യംന്ന് പറഞ്ഞാൽ ഈ വൃക്ഷം സാധാരണ വൃക്ഷം പോലെ ഇല്ല പെട്ടെന്നൊന്നും അവ്യയം നാശമില്ല ചന്താംസി പർണാണി പർണം പർണനങ്ങൾ എലകള് ചന്താംസി ചന്ത എന്ന് പറഞ്ഞാൽ വേദങ്ങള് വേദമന്ത്രങ്ങള് യത് യഹാത്വം വേദ വേദവിദ് അവൻ ഇതിനെ ആരറിയുന്നു അവൻ വേദവിതാണ് വേദത്തെ അറിഞ്ഞവനാണ് റിഞ്ഞവൻ ഈ തലകുത്തനെ നിൽക്കുന്ന വൃക്ഷത്തെ അറിഞ്ഞവരൊക്കെ വേദത്തിനെ അറിഞ്ഞവരാണെന്ന് ഇതൊക്കെ അങ്ങനെ സ്ഥൂലമായി വായിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം കിട്ടുക ഹേ പണ്ടൊരാള് ഒരു ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് എന്നു അപ്പൊ ഗുരു പശുവിന്റെ വർണ്ണന പറഞ്ഞുകൊടുത്തു പശുവിന്റെ പാല് വെളുത്ത നിറം അതിൽ പ്രോട്ടീൻ ഉണ്ട് കാൽഷ്യമുണ്ട് വൈറ്റമിൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഈ പാല് നമ്മള് കുടിച്ചു നമുക്ക് ആരോഗ്യം കിട്ടും ആ ശിഷ്യനാണെങ്കിൽ ജീവിതത്തിൽ ഇന്നേവരെ പശുവിനെ കണ്ടിട്ടില്ല കാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത് ഗ്രാമത്തിലല്ല കാട്ടിൽ ജനിച്ച കുട്ടി ഇതൊരു മുനികുമാരൻ കുട്ടി അവിടുന്ന് ഇറങ്ങിപ്പുറപ്പെട്ടു അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന്റെ പാല് കുടിച്ചിട്ട് കാര്യമെന്ന് അതിന്റെ വർണ്ണനകളൊക്കെ കിട്ടു രണ്ട് കാല് രണ്ട് കൈ വാല് കൊമ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനമാണ് അന്വേഷിച്ച് അന്വേഷി അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന ഈ കുരുക്ഷേത്രം പോലുള്ള സ്ഥലത്തെത്തി ജംഗ്ഷനിലെത്തി ഒരു റോഡിന്റെ പഞ്ചായത്തിന്റെ ജംഗ്ഷൻ്റെ അവിടെ ആ ഒരു ജംഗ്ഷന്റെ സെന്ററിലായിട്ട് ഒരു സ്റ്റാച്യുണ്ടായിരുന്നു അതൊരു പശുവിന്റെ സ്റ്റാച്യു ആണ് ആരോ പറഞ്ഞുകൊടുത്തു ഇതാണ് പശു എന്ന് അവിടെയാണെങ്കിൽ വൈറ്റ് വാഷിങ് നടന്നുകൊണ്ടിരിക്കുക ഇവരെന്ത് ചെയ്തു വെച്ചാൽ വൈറ്റ് വാഷ് ചെയ്യുന്ന സാധനം അവിടെ വെച്ചിട്ട് ചായ അഴിക്കാൻ പോയിരിക്കുന്ന സമയം ഇവർ നോക്കിയപ്പോ വെളുത്ത പശു കൊമ്പ് കറുത്ത പുള്ളിന്റെ വാലിന് അടുത്ത് തന്നെ വെളുത്ത നിറത്തിൽ പാലുമുണ്ട് എല്ലാം ഒത്തുചേർന്നിരിക്കുന്നു ഗുരു പറഞ്ഞ ലക്ഷണം ഇതിന്റെ അകത്താണെങ്കിൽ ഈ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷക സാധനങ്ങളും കാത്ത് നിന്നില്ല കുടിച്ചതും അവിടെ ഫ്ളാറ്റായി സാധനം അങ്ങനത്തെ അല്ലേ നാട്ടുകാരൊക്കെ കൂടി വന്നു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉള്ളിലൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് ശിഷ്യൻ ഒരുവിധം ജീവനൊക്കെ വന്നപ്പോ നേരെ ആശമത്രിച്ചെന്നു ഗുരുവിന്റെ താടി പിടിച്ചൊരാ ഒറ്റ വീക്ക് വെച്ചു കൊടുത്തത് പോ നിവാസം പറഞ്ഞിരിക്കുന്നു പശുവിന്റെ പാല് കുടിച്ചാൽ ആരോഗ്യം ഉള്ളാരോഗ്യം കൂടെ പോയി വന്നിരിക്കുക അപ്പോഴാണ് ഗുരു പറയുന്നത് എന്റെ ശിഷ്യ അവനവൻ തന്നെ കറന്ന് ഉറപ്പുവരുത്തണം ഏത് പാലാണ് അപ്പൊ നമ്മൾ ഇവിടെ പാക്കറ്റിൽ പാൽ ഓടിക്കണോ നമുക്കറിയാം ഏതെന്റാണെന്നുള്ളത് കഴുതയുടെയാണോ പുലിപ്പാലാണോ റബ്ബറിന്റെ ആണോ ഏതാ നമുക്കറിയോ ഏതൊരു പാലവര് കലയ്ക്ക് എത്തിക്കുന്നുണ്ട് ആർക്കറേത് ഏത് പാലാണെന്നുള്ളത് അതാണ് സത്യം അതുകൊണ്ട് നമ്മൾ തന്നെ വേണം അനുഭവപ്പെടണമെങ്കിൽ സ്വയം അതിനെക്കുറിച്ച് അന്വേഷിക്കണം അപ്പൊ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഊർധ്വമൂല മതശാഖം അശ്വത്വം ഈ അശ്വത്വം എന്താ അതിന്റെ പ്രത്യേകത ചിലരുണ്ടല്ലോ യോഗാസനമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഊർധ മൂല മതശാഖം ശീർഷാസനമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും അല്ലേ അതാണോ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഊർദ്ധം മൂല മതശാഖം പ്രാഹുണ്ട് എന്താണ് ആൽബുര മരം എങ്ങനെയാണോ വേറെ മുകളിലേക്കാണോ പേര് താഴോട്ടല്ലേ പോവുക ഭൂമിയുടെ ഈ വൃക്ഷത്തിന്റെ പേര് ഊർദ്ധ മൂലം ശാഖം അഥാ ശാഖകള് താഴോട്ട് മൂല പേരുകള് അങ്ങനെ ഏതെങ്കിലും വൃക്ഷം കണ്ടിട്ടുണ്ടോ ഏ സാധാരണ വേരുകൾ താഴോട്ടും തല മുകളിലേക്കാണ് അത് തല താഴോട്ടും വേരുകൾ മുകളിലേക്കും ആരെ പോലെ വവ്വാലി കിടക്കുന്ന പോലെ വവ്വാലങ്ങനെയല്ല കിടക്കുക അല്ലേ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഭഗവാൻ പറയുന്നത് ഇങ്ങനെയൊരു വൃക്ഷമുണ്ടോ എന്ന് ഏതാ വൃക്ഷം ഏതാ വൃക്ഷം പലതും തലയിൽ കയറുന്നുണ്ടോ നിങ്ങക്ക് ബുദ്ധി പൊങ്ങുന്നുണ്ടോ പൊങ്കൽ കഴിച്ചിട്ട് പൊങ്കലിൻറ്റോ ബുദ്ധി ഈ ചില വീടുകളിലൊക്കെ ഉണ്ടല്ലോ ചില ഫോട്ടോ വയ്ക്കുക അവര് ഫാമിലി ട്രീ വന്നിട്ടുണ്ട് കണ്ടുണ്ടോ മുത്തശ്ശൻ മുത്തശ്ശി ഊർദ്ധമൂലം ശാഖം നാലെണ്ണം ഉണ്ടായി സബ് ബ്രാഞ്ചുകൾ പന്ത്രണ്ടെണ്ണം പിന്നെ ഒരു പത്തിരുപതെണ്ണം സബ് ബ്രാഞ്ചുകൾ ഇപ്പത്തെ കിട്ടിയിട്ടില്ല അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കുമ്പോ നമ്മുടെ കാരണവന്മാരുടെ ഒന്നോ രണ്ടോ ശാഖ ഇതായിരിക്കും പേരിൽ നിന്നായിരിക്കും ബാക്കിയുള്ളത് തുടങ്ങിയിട്ടുണ്ടാവുക കണ്ടിട്ടുണ്ടോ അങ്ങനെ അപ്പൊ എന്താ ഇതിനർത്ഥം ഊർദ്ധമൂലമതശാഖം അശ്വത്വം പ്രാഹുരവ്യം ആർക്കാ പറയാൻ പറ്റിയ എന്താ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഉം വേര മുകളിലേക്കും ശാഖകൾ താഴോട്ടും അത് മനസ്സിലായില്ലോ അങ്ങനെ ഒരു വൃക്ഷമുണ്ടോ ഉണ്ടോ ഇല്ലയോ പിന്നെ തക അങ്ങനെ ഒരു വൃക്ഷത്തിനെ കുറിച്ച് പറയുന്നത് ഏ നമ്മളെ കുറിച്ച് എന്തിനാ അങ്ങനെ പറയുന്നത് നമ്മുടെയൊക്കെ വേരമുകളിലാണോ വേദങ്ങളോ എന്താണ് കേട്ടില്ല പിന്നെ പിന്നെ ഊർധ്വമൂലമതശാഖം അശ്വത്വം പ്രാഹു അവ്യയം മനുഷ്യ സൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കട്ടോ മനസ്സിൽ നിന്നാണ് സൃഷ്ടിയുടെ ആരംഭം വികാരങ്ങളിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിയുടെ ആരംഭം ഏത് ജീവജാരങ്ങൾ എവിടെ നിന്നാണ് മനോവികാരങ്ങൾ കാമവികാരങ്ങളിൽ നിന്നാണ് വികാരങ്ങളൊക്കെ എവിടെയിരിക്കണോ ബ്രെയിനിലാണ് ഇരിക്കുന്നത് തലയിലാണ് ഇരിക്കുന്നത് അവിടെ നിന്നാണ് ഒരു കുട്ടിയുടെ ജീവിതം വരുന്നത് അത് ബീജമായി താഴോട്ട് വീഴുന്നു ആണോ അല്ലയോ താഴോട്ടല്ലേ വരുന്നത് വീട്ടിൽ താഴോട്ട് വരുന്നു ഗർഭപാത്രത്തിലൂടെ പുറത്തേക്ക് വന്നു അപ്പൊ ഒരു കുട്ടി ഒരു ജീവൻ രവലൂഷൻ നോക്കുമ്പോണ്ടല്ലോ ഉയർന്ന മനോവികാരങ്ങളിൽ നിന്നാണ് താഴോട്ട് താഴോട്ട് താഴോട്ട് വരുന്നത് ഇന്നത്തെ ആധുനിക ഫിസിക്സ് പോലെ സമ്മതിക്കുന്നത് എനർജി മാറ്ററാകുമ്പോൾ അത് സ്ഥൂലമാവുന്നു അപ്പൊ സൂക്ഷ്മത എപ്പോഴും മുകളിലും എപ്പോഴും താഴോട്ടുമായിരിക്കും സൂക്ഷ്മതയ്ക്ക് വ്യാപ്തി കൂടും സ്ഥൂലതയുടെ വ്യാപ്തി കുറയും അപ്പൊ ഭഗവാൻ ഊർധ്വമൂലം എന്ന് പറയുന്നത് കൊണ്ട് എന്തായിരിക്കും അർത്ഥമാക്കുന്നത് ഊർധ്വമൂലം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസംസ്കാരങ്ങളെയാണ് ഊർധ്വമൂലം എന്ന് വേരെന്ന് പറയുന്നത് ഉള്ളിൽ നിറച്ചു വച്ചിരിക്കുന്ന സംസ്കാരങ്ങൾ അതിൽ നിന്നാണ് ശരീരമാകുന്ന ശാഖകൾ ഉണ്ടായിരിക്കുന്നത് ക്ലിയറാവുണ്ടോ നിക്ക് മനസ്സാകുന്ന സംസ്കാരം അതിൽ നിന്ന് ശരീരമാകുന്ന ശാഖകൾ പിന്നെ അറിവ് പലതിനെക്കുറിച്ച് ലൗകികമായ അറിവുകൾ പല അറിവുകൾ അതൊക്കെ പിന്നീട് പിന്നീട് വന്നതാണ് മനുഷ്യജീവിതം ഇവിടെ വന്നതിന് ശേഷം വന്നതാണ് ഇതിനെക്കുറിച്ച് അറിയുന്നവരാണ് വേദവിത്ത് എന്ന് പറഞ്ഞാൽ എവിടെന്നാണോ മനുഷ്യന്റെ ഉൽപ്പത്തിയെന്നും എങ്ങനെയാണതൊക്കെ ഉണ്ടായതെന്നും അറിയുന്നവനാണ് ശരിക്കും വേദവിത്ത് അപ്പൊ അശ്വത്വ വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അശ്വത്വം എന്ന് പറഞ്ഞാൽ പൊതുവെ കുറേ കാലം നിലനിൽക്കുന്ന പടർന്ന് പന്ധരിച്ചിരിക്കുന്ന ഒരു വൃക്ഷത്തിനെയാണ് അശ്വത്വം അശ്വത്വം എന്നുള്ളതിന് രണ്ടു മൂന്ന് അർത്ഥങ്ങളുണ്ട് അശ്വത്വം എന്നുള്ള ശബ്ദത്തിന് രണ്ടു മൂന്ന് അർത്ഥങ്ങളുണ്ട് ഒന്ന് ആൽവൃക്ഷം എന്നുള്ളത് പിന്നെ മറ്റൊന്ന് വേറെ ഒന്ന് അശ്വത്വം കുതിരകളെ അശ്വം എന്ന് വിളിക്കും പിന്നെ ആ ശ്വാത്വം അപ്പൊ മൂന്ന് അക്ഷരങ്ങൾ ശ്വാന്ന് പറഞ്ഞാൽ നാളെ ം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നുണ്ട് നാളെ ഉണ്ടെന്ന് ഉറപ്പില്ലാത്തതിനെയും എന്ത് വിളിക്കും അശ്വത്വം അപ്പൊ ഇന്നുണ്ട് നാളെ ഉണ്ടാവുമോ എന്ന് ഉറപ്പുക അതേതാണ് നമ്മുടെ ശരീരമാണ് അപ്പം സൂക്ഷ്മമായ വികാരങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്ന സ്ഥൂലമായ ശരീരം ഇതിനെ അറിയുന്നവര് വേദവിധ ഇനി ഭഗവാൻ പറയാണ് അതോർദ്ധം പ്രസാത ഗുണപ്രവർദ്ദ വിഷയ പ്രവാശ അതൂലുസന്ത മൂലേ മൂല അതസ്തമൂലനുസന്ധാനി കർമാനുബന്ധീ മനുഷ്യലോകേ പിന്നീട് ആ ശാഖകളൊക്കെ പടർന്ന് പ്രസുതാർത്ഥ്യ ശാഖ അതൊക്കെ പടർന്ന് പന്തരിച്ചു വിഷയപ്രവാള ഗുണപ്രവൃദ്ധ ഗുണത്താൽ പ്രവൃദ്ധമായിരിക്കുന്ന വിഷയപ്രവാള എന്ന് പറഞ്ഞാൽ എന്താണ് ധാരാളം വിഷയങ്ങള് കണ്ണിന് അനുഭവിക്കാനുള്ളത് കാൽ കാതുകൾക്ക് അനുഭവിക്കാനുള്ളത് വാസനകള് നിങ്ങളൊരു പെർഫ്യൂം ഷോപ്പ് ഉത്ഭവി എത്ര കഴിഞ്ഞ തരം പെർഫ്യൂമുകൾ എല്ലാം ഒരു മൂക്കിന് അനുഭവിക്കാനുള്ളതല്ലേ ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അനുഭവിക്കാനുള്ള വിഷയങ്ങൾ ധാരാളമാണ് ഒരു ഒരൊറ്റ ബോക്സിലോ ടി എത്ര ചാനലാണ് നോക്കൂ നിങ്ങൾ ആയിരക്കണക്കിന് ചാനൽ ഇതൊക്കെ മനുഷ്യന് വേണ്ടിട്ടല്ലേ ഇങ്ങനെ അനവധി വിഷയങ്ങള് ഇങ്ങനെ ീ കർമാനുബന്ധീനി മനുഷ്യലോകേപ്പം ആ സംസ്കാരങ്ങളിൽ നിന്നുണ്ടായി അത് വൃദ്ധിച്ച് പ്രാപിച്ച് വളർന്ന് പ്രാപിച്ച് അതങ്ങനെ പരന്ന് പരന്നൊഴുകി ഇപ്പൊ പലതര കർമ്മങ്ങളിൽ ഈ മനുഷ്യജീവിതം ബന്ധിക്കപ്പെട്ടു അപ്പൊ മനസ്സങ്ങനെ വ്യാപരിച്ച് വ്യാപരിച്ച് മനസ് വസ്തുക്കളിലും വ്യക്തികളിലും ചെന്ന് നമ്മളറിയാതെ ഈ വേരിൽ എന്ന് നട്ടോ ഇനിയിപ്പെന്ത് വേണം ഭഗവാൻ പറയണോ ഇതെന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ യെസ് എന്താ വഴി അടുത്ത ശ്ലോകത്തിലേക്ക് നോക്കൂ എന്താ വഴി എന്നുള്ളത് നരൂപമസ്യേഘതോപലഭ്യതോനഷ അശ്വത്ഥമേനം സുവിരൂഢമൂലം ിത്വ അസ്യൂപം ഉപലഭ്യതേ അതെവിടുന്നുണ്ടായി എന്നുണ്ടായി എപ്പോ ഉണ്ടായി എങ്ങനെ ഉണ്ടായി എന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒരിക്കലും സാധ്യല്ല അതായത് സാധാരണ ഒരു ചോദ്യത്തിന് ഉത്തരമില്ല എന്താ ചോദ്യം എന്നറിയോ എന്നാ ചോദ്യം ആർക്കാ പറയാൻ പറ്റുക നോക്കട്ടെ മുട്ടയാണോ ഉണ്ടായത് ആ ചോദ്യത്തിന് എന്താ ഉത്തരം മുട്ടയാണോ ഉണ്ടായത് കോഴിയാണോ ഉണ്ടായത് എന്നുള്ളതിന് മാവാണോ ഉണ്ടായത് മാവ് ഉണ്ടാവണമെങ്കിൽ അണ്ടി വേണം അണ്ടി ഉണ്ടാവണമെങ്കിൽ ഒരു പക്ഷി പിരിയണമെങ്കിൽ മുട്ട വേണം മുട്ട ഉണ്ടാവണമെങ്കിൽ ഇതേതിൽ ആദ്യം ഉണ്ടായിണ്ടാവുക ഏ സൃഷ്ടി ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലേ അല്ലേ ഫസ്റ്റ് വൺ പണ്ടൊരാള് അമ്മയുണ്ടെങ്കിലേ ആണ് ഉണ്ടാവുള്ളൂ പ്രസവം ഉണ്ടാവുള്ളു പ്രസവിക്കണമെങ്കിൽ ആണ് വേണം ഇതിലിപ്പോ ആരെ ആദ്യം സൃഷ്ടിച്ചിട്ടുണ്ടാവുക കൺഫ്യൂഷനാണ് മുട്ടയാണോ ആദ്യം ഉണ്ടായത് കോഴിയാണോ ഉണ്ടായത് എന്താ ഉത്തരം ഉം ഉണ്ടല്ലോ ഉത്തരം ആദ്യമുണ്ടായത് കോഴിമുട്ടി കോഴി മുട്ട അതിനെന്താ ഉത്തരം പറയാനുള്ളത് അപ്പൊ ചോദ്യം ഇതല്ല ചോദ്യം ഈ മനസ്സ് വികസിച്ച് വന്നത് എവിടെ നിന്നാണ് ചൈതന്യത്തില്ല അപ്പൊ ചൈതന്യത്തിൽ നിന്ന് എങ്ങനെയാണ് മനസ്സ് വികസിച്ച് വന്നു അല്ലേ ചൈതന്യത്തിൽ നിന്ന് എങ്ങനെയാണ് മനസ്സ് വികസിച്ച് ഈ ചോദ്യത്തിന് ഒരിക്കലും ഉത്തരമില്ല അതങ്ങനെ ഉത്തരം എന്താ വെച്ചാൽ ഉത്തരവുണ്ട് അത് അങ്ങനെ വികസിച്ചു വന്നു എങ്ങനെ വികസിച്ചു വന്നു അങ്ങനെ എങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങനെ അതിനപ്പുറം ഉത്തരവില്ല അതിന് അതിൽ തന്നെ അതിർലീനമായിരിക്കുന്ന ശക്തി അതെങ്ങനെ വികസിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ കറണ്ടിൽ കൈവച്ചു ഷോക്ക് അടിച്ചു എങ്ങനെ ഷോക്ക് അടിച്ചു കൈവെച്ചപ്പോ കൈവെച്ചപ്പോ നിങ്ങൾ കൈവെച്ചുകൊണ്ട് എന്താ ഷോക്ക് അടിക്കണു കറണ്ട് ഉള്ളത് എന്തിനാ കറണ്ട് ഷോക്ക് എന്താ ഉത്തരം ഹേ അവളുടെ സ്വഭാവം അങ്ങനെയാണ് അവളുടെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ പിന്നെന്ത് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു അതിന്റെ രൂപം പിടികിട്ടാൻ പോകുന്നില്ല ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു നിങ്ങൾ പറയാറില്ലേ ഇവന്റെ സ്വഭാവം എങ്ങനെ എങ്ങനെയായിട്ട് പറയാറില്ലേ അല്ലെ ഇവളുടെ സ്വഭാവം എങ്ങനെ എങ്ങനെയായിത്തൊരിക്കും മനസ്സിലാവണല്ലേ പിടികിട്ടണില്ല ഇതുപോലെ പറയാനതിനെ പിടികിട്ടില്ല അന്തോ ന ആദി ന പ്രതിഷ്ഠ ഒന്നുമില്ല ഇതിന് എന്ന് വെച്ചാൽ ഇതിനാദി അന്തവും ഇല്ല എന്നാ ഇതിന് പ്രതിഷ്ഠിച്ചിട്ടുമില്ല ഇത് ഉറപ്പിച്ചിട്ടുമില്ല പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇതിനെ പരിപൂർണമായി ഇത് എന്നാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അസങ്കശത്രേന ദൃഢേനജിത്വ ഇതിനെ നശിപ്പിക്കാൻ പറ്റുമോ എന്താ വഴി സംഖവാകുന്ന ശസ്ത്രം കൊണ്ട് ഏതിനെ മുറിക്കാം ഈ മനോവികാരങ്ങളെ മനസംസ്കാരങ്ങളെ നമുക്ക് മുറിക്കാനുള്ള വാളാണ് അതെവിടെയാ സ്വാമി വാങ്ങിക്കാൻ കിട്ടുക കുരുക്ഷേത്രം പോകുമ്പോ കിട്ടുവോ ഈ ശസ്ത്രത്തിന്റെ പേര് അസംഘശസ്ത്രം എന്താ അസംഖാസ്ത്രം അസംഘശസ്ത്രം ഇപ്പൊ മനസ്സിനറിയുന്ന ശാസ്ത്ര സ്വഭാവം എന്താണ് സംഘമാണ് ഇനി എന്ത് വേണം ഏതിനോടൊക്കെ സംഘമുണ്ടോ അതിന്നൊക്കെ വേർപെടുത്തണം അപ്പൊ ഭർത്താവിനോട് സംഘമുണ്ടെങ്കിൽ എന്താ ഉത്തരം പറയാത്തെ ഏതിനോടൊക്കെ സംഘമുണ്ടോ അതിന്നൊക്കെ വേർപെടണം ഭർത്താവിനോട് സംഘമുണ്ടെങ്കിൽ എന്താ അവിടെ നിൽക്കും സ്റ്റക്കായി പോയത് നിങ്ങള് വെള്ളം കണ്ടാക്കും നിൽക്കും കുതിരാതെ പറഞ്ഞ പോലെ ആ പരിപൂർണമാക്കും നിങ്ങള് മക്കളോട് സംഘം ഉണ്ടെങ്കിൽ എന്താ ഈ പറയുന്നത് ശരിയാണോ ഭഗവാൻ അസംഘാസ്ത്രയുടെ ദൃഢേന്റെ ചുറ്റാന്ന് പറഞ്ഞാൽ ആരോടൊക്കെ തയ്യാറാണോ നിങ്ങള് ഉം ധൈര്യം ഉണ്ടോ നിങ്ങക്ക് ഉണ്ടോ എത്ര പേർക്ക് ധൈര്യമുണ്ട് നല്ല ആൾക്കാരാ കൈപൊക്കിയിരിക്കുന്നത് ധൈര്യമുണ്ടോ ഏ എളുപ്പാണോ ഭഗവത്ഗീത ആണോ ഭഗവാൻ പറയുന്നത് അസംഘശസ്ത്രം എന്ന് പറഞ്ഞാൽ സ്ഥൂലമായി ഒരാളെ വിട്ടതുകൊണ്ടും നിങ്ങൾക്ക് ആ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല സ്ഥൂലമായിട്ടല്ല സംഘമുള്ളത് ശരീരത്തിനെ മുറിക്കാനല്ല പറഞ്ഞത് ബന്ധം സ്ഥൂലമായി മുറിക്കാനല്ല പറഞ്ഞത് എവിടെയാണ് ബന്ധം ഇരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അപ്പൊ മുറിക്കേണ്ടത് മനസ്സിൽ നിന്ന് അവരോടുള്ള സംഘം ഇത് നമ്മള് പരിശീലിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം പണ്ട് കാലത്തുണ്ടല്ലോ പഴയ വീടുകളിലൊക്കെ ഈ വീടിന്റെ വരാന്തയിൽ തന്നെ കൊട്ടത്തേങ്ങ തൂക്കി വെക്കും അവര് ഒരു നാളികേരം ഉണങ്ങിയ നാളികേരം എവിടെയെങ്കിലും കോർണറിലൊക്കെ കെട്ടിവെക്കും എന്തിനാണത്രേ ഈ വീട്ടിലുള്ളവരൊക്കെ കൊട്ടത്തേങ്ങ പോലെ ഗുഡുട് ഗുഡു ഗുഡു ഗുഡ് ഗുഡ് ഗുഡ് ഗുഡുട് കുടു വർത്തമാനം പറയുന്നാണോ നോൺ സ്റ്റോപ്പ് ആണോ വെള്ളമൊക്കെ വറ്റി ഉണങ്ങി സൃഷ്ടിച്ച് വർത്തമാനം പറയുമ്പോഴൊക്കെ അങ്ങനെയുള്ള ഇതാണോ പറയുന്നത് കൊട്ടത്തേങ്ങ പോലെ ആവണമെന്ന് പറഞ്ഞാൽ എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകുകയും വേണം ഒന്നിനോട് ഒട്ടിപ്പിടിക്കാൻ പാടില്ല താമര പോലെ ജീവിക്കണമെന്നാണ് ഭഗവാന്റെ ഓരോ അവയവത്തിനെയും ഉപമിക്കുന്നത് നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമപ്പങ്കജ നേത്രായ െ എന്തിനാ ഭഗവാൻ ഇത്ര താമരപ്പൂവിനോട് ഇഷ്ടം പൊതുവെ സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ പൂവ് എന്താ നിങ്ങൾ കല്യാണത്തിനൊക്കെ ഏത് പൂവാ വാങ്ങിച്ചു കൊടുക്കാമരപ്പൂവോ റോസ് പ്രേമത്തിന്റെ പൂവ് റോസാണ് പക്ഷെ ഭഗവാൻ ഏറ്റവും ഇഷ്ടം താമരപ്പൂവാണ് പണ്ടൊരു പയ്യൻ ഒരു പെണ്ണിനോട് പ്രേമം വന്നപ്പോഴേ അവൾക്ക് താമരപ്പൂ വാങ്ങിച്ചു കൊടുത്തു അവള് കൈ വീക്കും വെച്ചു കൊടുത്തു അപ്പൊ അവളോട് അവളുടെ ഫ്രണ്ട് നീ എന്താ ചെയ്തതെന്ന് കാരണം അവനെനിക്ക് ബി ജെ പി ഞാൻ കോൺഗ്രസിനെ കൊടുത്തു വന്നു കോൺഗ്രസിന്റെ ചിഹ്ന ഒറ്റ കൊടുത്തു ഇതുപോലെ കോൺഗ്രസ് ഇപ്പൊ ബി കോൺഗ്രസ്സിനെ കൊടുക്കുക പക്ഷെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഏതാണ് താമര എന്തുകൊണ്ടാണ് താമര എത്ര ഇഷ്ടപ്പെട്ടത് ഒട്ടലില്ലാത്തൊരു സാധനം ഒന്നിനോടും അത് ഒട്ടിപ്പിടിക്കണം ഇതുപോലെ നമ്മുടെ മനസ്സ് ആരോടും ഒട്ടിപ്പിടിക്കുന്നത് ഇതൊക്കെ പറഞ്ഞാലും എളുപ്പമല്ല മനസ്സിലായില്ലേ ക്രമേണ ക്രമേണ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒട്ടലൊഴിവാക്കാൻ ഒറ്റ വഴിയുള്ളൂ എന്താ വഴി വളരെ ശ്രദ്ധിക്കും നിങ്ങൾ മനുഷ്യ മനസ്സിനൊരു പ്രത്യേകത ഉള്ളത് ഒന്നിനോട് ഒട്ടാൻ തുടങ്ങിയാൽ മറ്റൊന്നിനോടുള്ള ഒട്ടൽ കുറയും അല്ലേ ചെറുതായിട്ടൊരു സ്നേഹം കുറയും കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒട്ടൽ അമ്മയോടായിരിക്കും അത് കഴിഞ്ഞ് സ്കൂളിൽ പോവാൻ നേരത്തെ ഒട്ടല് അച്ഛനിലേക്ക് വരും കാരണം കാശ് വേണം പണം വേണം അച്ഛൻ തരണം ചോക്ലേറ്റൊക്കെ അച്ഛനേയും മേടിച്ചു വരുള്ളൂ മയും വേണം എന്നാലും കൂടുതൽ അത് കഴിഞ്ഞു സ്കൂളിലൊക്കെ പോവാൻ തുടങ്ങിയാൽ കുട്ടുകാരെ അത് കോളേജിൽ പഠനമൊക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ മുഴുവൻ മാറി അല്ലേ ആണല്ലേ പിന്നെ കുട്ടി ഉണ്ടായാലോ കുട്ടിയോട് ഹോട്ടലിൽ വന്നു രണ്ടാമതൊന്നുകൂടി വന്നാലോ അപ്പൊ മറ്റൊന്നിനോടുള്ള ഹോട്ടൽ കുറഞ്ഞു ഇത്ര ക്ലിയർ ആയിട്ടാണ് നിങ്ങൾ പറയുന്നത് അനുഭവില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമത് ആദ്യ കഴിഞ്ഞ് വീണ്ടും കുട്ടികളൊക്കെ വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞു അവരൊക്കെ ഓരോരുത്തര് കൊണ്ടുവന്നു കൊണ്ടുപോയി പിന്നെ ആരോടെ ഒട്ടും റിട്ടയർ കഴിഞ്ഞാൽ സുന്ദരം ഞാനും സുന്ദരി നെയ്യും പിന്നെ ഇനി പൊട്ടാൻ ആരു വീട്ടില് കാരണവരേ കാരണവര് പറയും എന്റെ മേല് തൂങ്ങണ്ടെ അപ്പൊ പിന്നെ എവിടെ ഒട്ടും ചരണം അസ്തിത്വമേവ ചരണം എനിക്ക് ഒട്ടാൻ എവിടെ ഇല്ല എവിടെങ്കിലും ഒന്ന് ഒട്ടണം അങ്ങനെയാണ് പലരും ഭഗവാനിലേക്ക് ഒട്ടാൻ വരുന്നത് അപ്പോഴേക്കും ഒട്ടുമ്പോഴേക്കും അവരെ മനസ്സുണ്ടല്ലോ സമ്മതിക്കില്ല അപ്പോഴേക്കും മകള് പ്രസവിച്ച് റെഡിയാ അടുത്തത് ഒട്ടാൻ റെഡി അല്ലെങ്കിൽ മകൻ പ്രസവിച്ചിട്ടുണ്ടാവും മകൻ പ്രസവിക്കാ പറഞ്ഞാൽ ഭാര്യ പ്രസവിച്ച് റെഡിയാണ് ഒട്ടാൻ എവിടെങ്കിലൊക്കെ റെഡിയാണ് നാണവും മാനവും ഇല്ലേ അതവിടെയും പോയി പിന്നെ അത് പറയും മുത്തശ്ശി മുത്തശ്ശി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഐ വിൽ മാനേജ് മൈസെൽഫ് വീണ്ടും പിന്നെ സാന്ദ്രാനന്ദബോധാത്മകമനുഭവം വിധം കാലദേശാവധിപ്പതിനോട് ഒട്ടാൻ പറ്റില്ല അതിന്റെ പാട്ടിൽ പോയി പിന്നെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാണ് മകള് രണ്ടാമത് വേഗം പ്രസവിക്കണ ഗുരുവായൂരപ്പാണ് സാന്ദ്രാനന്ദ വായിക്കുന്നത് ഇങ്ങനെ മനസ്സ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഒട്ടി ഒട്ടി ഒട്ടി മനസ്സിന് എപ്പോഴും എവിടെങ്കിലൊന്ന് വട്ടി നിൽക്കണം അത് എവിടെ നോക്കൂ നിങ്ങൾ യാത്രക്ക് പോകുമ്പോഴൊരാളോട് ഒട്ടാഞ്ഞ സുഖമില്ല എവിടെങ്കിലും ഒരു ഒട്ടല് വേണം ഒരാൾ ഒട്ടാൻ സുഖമില്ല ജീവിതത്തിൽ ഉണ്ടോ ബാത്റൂമിൽ പോകാൻ ഒരാൾ വേണം പുറത്തു പോകാൻ ഒരാൾ വേണം എവിടെങ്കിലൊക്കെ പോവാൻ ഏ ഒരാള് സപ്പോർട്ടുണ്ടെങ്കിൽ മനസ്സിന് ഒരു വലിയൊരു ആശ്വാസം ഈ ഒട്ടി ഒട്ടി ചീലിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ മനസ്സിന് ഒട്ടാണ്ടിരിക്കാൻ അറിയില്ല എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നാൽ രണ്ടു ദിവസം കൊണ്ട് അവിടെ വിട്ടി ഈ പശുക്കൾക്കൊക്കെ ഒരു അവരെ ഈ വീട്ടിന്ന് പുറത്ത് എവിടെങ്കിലും വളപ്പിൽ കൊണ്ടാക്കി കഴിഞ്ഞല്ലോ രണ്ടു ദിവസം കൊണ്ടാക്കേണ്ട ആവശ്യമുള്ളു പിന്നെ അവിടെ വിട്ടാൽ ഈ ഗുരുവായൂരൊക്കെ നോക്കൂ നിങ്ങൾ ഗുരുവായൂർ നോക്കി കഴിഞ്ഞാൽ ആനകളെ ആനപ്പന്തിയിൽ വിട്ടു കഴിഞ്ഞാൽ നേരെ ഗുരുവായൂർ അമ്പലത്തിൽ കാരണം നടന്നു നടന്ന് ശീലിച്ചിട്ട് ഇവിടെ വിട്ടാ അവിടെ പോവും അതുപോലെ ആ സ്ഥലത്ത് കണ്ണടച്ചുപോയിരുന്നാലും കാരണം സംഘശസ്ത്രേന ദൃഢേന ചിത്വ സമ്പ്രതിഷ്ഠ ഉറപ്പിച്ചു അവിടെ എത്തുമ്പോ നമുക്കൊരു സ്മെല്ല് വരും ആരുടെ സ്മെല്ല് ഈ പട്ടികളൊക്കെ കണ്ടുണ്ടോ അവര് പോയ വഴി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മൂത്ര ഒഴിച്ചു വയ്ക്കും അവർക്ക് ആ ഈ വഴിക്കാണ് പോയിരിക്കുന്നത് അതുപോലെ നിങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്ക് അറിയുന്നില്ല മനസ്സിലായില്ലേ ആ സ്മെല്ലെങ്ങനെയാണ് പിടികിട്ടേണ്ടത് എന്നുള്ളത് ഏതായാലും ഭഗവാൻ പറയുന്നു അസംഘശസ് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ മുറിക്കാൻ എന്താ വഴി അസംഘശസ്ത്രം അസംഘശസ്ത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം അസംഘമില്ലായ്മ എന്നുള്ള അർത്ഥം ഭഗവത് സംഘം എന്നാണ് അർത്ഥം അസംഘനുള്ള ശബ്ദത്തിന് ഭഗവാൻ എന്നാണ് അർത്ഥം അസംഘൻ അസംഘനായിരിക്കുന്നവൻ ഒന്നിനോടും വൻ ആരാണ് ഭഗവാൻ അപ്പൊ ആരോട് സംഘം ചെയ്യണം അപ്പൊ ശ്രദ്ധ ഭഗവാനിലേക്ക് തിരിയുതോറും ഭഗവാനെ ഇഷ്ടപ്പെടും ഭഗവാനിലേക്ക് ആകർഷണം വരും മറ്റുള്ളതിനോടുള്ള ആകർഷണം കുറഞ്ഞു കുറഞ്ഞു വരും വരുമോ അത് നമ്മൾ പരിശീലിക്കണം ഏതാ ഭഗവാൻ അതൊന്ന് ക്ലിയർ ആക്കണല്ലോ തതപ്പരം തത് പരിമാർഗിതവ്യം യൻ ഗവർത്തൂ സമേവാദ്യം പുരുഷം പ്രവധ്യേ യസദ പുരാണേ തത പദം തത് പരിമാർഗ്യം ആ പദത്തെ പരിമാർഗം അതിലേക്ക് തന്നെ ശ്രദ്ധ തിരിക്കണം ഏത് പദത്തിലേക്ക് ഏത് പദത്തിലാണോ യസ്മിൻ കഥ ന നിവർത്തന്തി ഏതൊന്നിലേക്ക് നമ്മൾ പ്രവേശിച്ചാലാണോ പിന്നൊരിക്കലും ന നിവർത്തന്തി തിരിച്ച് വരേണ്ടതില്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഏതൊന്നിനെ ആശ്രയിച്ചാലാണോ ഇനി മറ്റൊന്നിനെയും അങ്ങനെ പദമുണ്ട് ആ പദത്തിലേക്ക് വേണം പരിമാർഗിതവ്യം നമ്മുടെ മാർഗം നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അത് അതേതാണ് തമേവചാദ്യം പുരുഷം പ്രപദ്ധ്യേ അതിനെ തന്നെയാണ് പുരുഷൻ എന്ന് വിളിക്കുന്നത് യഥ്രവൃത്തി പ്രസുതാ പുരാണി അതിൽ നിന്നാണ് മനസ്സും ആ മനസ്സിലൂടെയാണ് സകല പ്രവൃത്തികളും വരുന്നത് അതായത് ഏതൊരു ഭഗവാന്റെ സാന്നിധ്യത്തിലാണോ ഈ മനസ്സിന്റെ വേരുകൾ പ്രവർത്തിക്കുന്നത് ആ ഭഗവാനിലേക്ക് തന്നെ ആരെ പറഞ്ഞേക്കണം നോക്കൂ ഈ വൃക്ഷത്തെ കൊണ്ട് ഉപമിപ്പിക്കാൻ ഒരു കാരണമുണ്ട് വൃക്ഷത്തിന്റെ പേര് പലയിടത്തേക്കും സ്പ്രെഡ് ചെയ്യും പക്ഷെ ഇതൊക്കെ എവിടെയാണ് സ്പ്രെഡ് ചെയ്യണത് ഒരു വൃക്ഷം നിങ്ങൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്പ്രെഡ് വേരുപഴ് സ്പ്രെഡ് ചെയ്യുന്നത് ഭൂമിയിലാണ് ഭൂമി സ്റ്റേഖനണ്ടാണ് സ്ഥൂലതലത്തിൽ നോക്കുമ്പോൾ സൂക്ഷ്മതയിൽ നോക്കുമ്പോഴാണ് കറങ്ങുന്നത് അല്ലാതെ നമ്മളെ സ്ഥലത്ത് നോക്കുമ്പോ ഇപ്പൊ നമുക്കൊക്കെ ഭൂമി കറങ്ങുന്നത് പോലെ തോന്നിക്കഴിഞ്ഞാൽ എന്താ അപകടം അറിയുമോ തലചുറ്റി വീഴും നമ്മള് എന്തോ ഭാഗ്യത്തിന് ഭഗവാൻ ആ കറക്കം നമുക്ക് കാണിച്ചു വരുന്നില്ല ഒരു ചെറിയ സ്പീഡിൽ അങ്ങനെ കറങ്ങുന്നോണ്ട് അറിയുന്നില്ല ഭഗവാൻ വിചാരിക്കേണ്ട സ്പീഡ് കൂട്ടുക നമുക്ക് സ്പാനേഡിക്ക് സ്പീഡ് കൂട്ടാറുണ്ടല്ലോ ഭൂമിയുടെ സ്പീഡൊന്നും ഭഗവാൻ കൂട്ടി വെച്ചാൽ പിന്നെ നമ്മുടെ വീടൊന്നും അവിടെ പിന്നെ നിങ്ങൾ നടക്കേണ്ടി വരില്ല ബോംബെയിലേക്കൊന്നും തിരിച്ചു പോകേണ്ട ആവശ്യമില്ല കുരുക്ഷേത്രയില് നിന്നാ മതി കറങ്ങി അവിടെ വരുമ്പം അതായിരിക്കും അത്ര എളുപ്പമായിരിക്കും കാര്യങ്ങള് ആലോചിച്ച ഗംഭീരായിരിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് ഒരു ബുദ്ധി തോന്നി ഈ ഭൂമി ഇങ്ങനെ കറങ്ങി വരുമ്പോ അവിടെ നിങ്ങടെ ഇറങ്ങിയാൽ പോര ഇതുപോലെ മനുഷ്യൻ അവൻ അറിയുന്നില്ല അവന്റെ മനസ്സ് പ്രവർത്തിക്കുന്നതിന്റെയൊക്കെ പിന്നിൽ ആ ശക്തി കൊടുക്കുന്നത് പുരുഷനായിരിക്കുന്ന ഒരു ശക്തിയാണ് ആ പുരുഷനിലേക്കാണ് മനസ്സിന്റെ ശ്രദ്ധ തിരിക്കേണ്ടതെന്ന് അതിലേക്ക് തിരിച്ചാലോ അല്ല ആർക്കാണ് അതിലേക്ക് തിരിക്കാൻ പറ്റുക നിർമാണമോഹജിതസംഗദോഷ അധ്യാത്മനിവൃത്തേ വിമുക്തുഖദദുഃഖസൈ ഗൂഢാ പദമവ്യയം തത് നിർമ്മാണമോഹ നിർമ്മാണം മോഹം ഇതൊക്കെ വിടണം എന്ന് പറഞ്ഞാൽ നിർമ്മാണം എന്ന് പറഞ്ഞാൽ അതെന്തുമാനാണ് നമുക്ക് അറിയാമെന്നും ആ പിടിവാശികളൊക്കെ ഉള്ള സ്വഭാവങ്ങളെയൊക്കെ നമ്മൾ വിടണം നമ്മളിതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം നമുക്ക് വിനയം വരണം വിനയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് അറിയണം ജിജ്ഞാസ വരണം എന്നിട്ടോ ജിതസംഗദോഷ സംഘദോഷങ്ങളിൽ നിന്നൊക്കെ വിടണം എന്ന് പറഞ്ഞാൽ സംഘദോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നമ്മുടെ ആലസ്യം തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ നമ്മൾ ഒന്നുയരണം എന്നിട്ടോ അധ്യാത്മനിത്യ ജീവിതം എങ്ങനെ കൊണ്ടുനടക്കണം അധ്യാത്മ സംസ്കാരം അധ്യാത്മെന്ന് പറഞ്ഞാൽ അധ്യാത്മ എന്ന് പറഞ്ഞാൽ അർത്ഥം അധ്യാത്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തെ ആരിലേക്ക് തിരിക്കണം ഭഗവത് സ്വഭാവത്തിലേക്ക് മനസ്സാ അല്ലെങ്കിൽ ഭഗവാനിലേക്ക് തിരിക്കുന്ന സ്വഭാവം വളർത്തിയെടുക്കുന്നതിനെ അധ്യാത്മെന്ന് അധ്യാത്മ എന്നുള്ള വാക്കെവിടെ ഓർമ്മണ്ടോ എവിടെയാണ് ഏ എട്ടാം അദ്ധ്യായെടുത്ത് നോക്കൂ നിങ്ങള് ഗീതയില് അക്ഷരം പരമം ബ്രഹ്മ സ്വഭാവോധ്യാത്മുതേ അക്ഷരം ബ്രഹ്മവും സ്വഭാവം അധ്യാത്മവും സ്വഭാവം എവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ് ഈ മനസ്സിനെ നമ്മൾ ആരിലേക്ക് എത്തിക്കണം അങ്ങനെ ഒരു ജീവിതത്തെ നമ്മൾ നിത്യ വിനിവൃത്ത കാമ സ്ലോരി എന്തിലെന്ന് പുറത്തു വരാം വേണ്ടാത്ത കാമങ്ങളിൽ നിന്നൊക്കെ മനസ്സ് പുറത്തു വരും അങ്ങനെ ദ്വന്ദ് വിമുക്ത എന്താ ദ്വന്ദ്വൈർ ദ്വന്ദ് ഏതൊക്കെ രണ്ട് രണ്ടിൽ നിന്ന് മുക്തമാവെന്ന് പറഞ്ഞാൽ വേണ്ടാത്ത അർത്ഥത്തിൽ എടുക്കരുതേ ഏ എന്താ ുഖം ദുഃഖം ജയം പരാജയം മാനം ഇത്തരത്തിലുള്ള അനുകൂലവും അതിൽ നിന്നൊക്കെ മുക്തമാവുന്ന ആ മനസ്സെങ്ങനെ ഇരിക്കും സമബുദ്ധിയിലിരിക്കും സുഖദുഃഖസജ്ഞൈ ഗുഖദുഃഖങ്ങളിൽ നിന്നൊക്കെ മുക്തമായി ഗന്തി അമൂഢ അതം അവ്യയം തത് ആർക്കതിലേക്ക് എത്താൻ പറ്റും ഗച്ഛന്തി അമൂഢ ആർക്കെത്താൻ പറ്റിയ മൂഢന്മാരല്ലാത്തവര് ആരായി മൂഢന്മാരല്ലാത്തവര് ആരാണോ മനസ്സിനെ സമബുദ്ധി കൈവരിച്ച് അധ്യാത്മനിത്യവൃത്തിയോട് കൂടിയിട്ട് സമബുദ്ധി കൈവരിച്ച് കൈവരിക്കുന്നവർക്കൊക്കെ എവിടെ എത്താൻ ചെയ്യാൻ സാധിക്കും അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രധാന ശ്രദ്ധ എന്തിനായിരിക്കണം എന്തിനാ ശ്രദ്ധ വെക്കേണ്ടത് ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് നമ്മളൊക്കെ നേടിയെടുക്കേണ്ട വലിയൊരു സമ്പത്ത് എന്താണ് എന്ത് അനുകൂലമായാലും പ്രതികൂലമായാലും അതിനൊക്കെ സമബുദ്ധിയോടുകൂടി അപ്പൊ അങ്ങനെ നമ്മൾ ഡിസ്റ്റേബ്ഡ് ആവാൻ മനസ്സിനെ സമ്മതിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും നമ്മൾ ഡിസ്റ്റേബ് ആവരു അത് വളരെ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് കാരണം ഒരു വെച്ചിരിക്കുന്ന സ്വഭാവം പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ലേ നമുക്ക് നമ്മൾ കുറെ കാലമായിട്ട് സ്വഭാവമാണ് നമ്മൾ മനസ്സിലാക്കിയ ജീവിതവും മറ്റൊരാൾ പറഞ്ഞു ജീവിതവും എപ്പോഴും വ്യത്യാസമുണ്ടാവും ഒരാൾക്ക് ഗൾഫിലൊക്കെ പോയി കുറെ കാഴ്ച സമ്പാദിച്ചു അപ്പൊ അയാൾക്ക് നാട്ടിലെത്തിയപ്പോ ഒരു മോഹം ബിസിനസ് ഒക്കെ തുടങ്ങണം ഇയാൾക്ക് തോന്നിയൊരു സ്വന്തം കാറൊക്കെ മേടിക്കണം വലിയ വില കൂടിയൊരു കാറൊക്കെ മേടിച്ചു ഓടിക്കണല്ലോ ഇയാളെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ ലൈസൻസ് കിട്ടാൻ വേണ്ടിട്ട് ഇയാളെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയ സമയത്ത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ആള് അദ്ദേഹത്തിന് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾക്കൊരു കാറ് തന്നാൽ നിങ്ങൾ എന്താ ആദ്യം ചെയ്യാന്ന് കാറ് തന്നുകഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ചോദിക്കുന്നത് ഇതേ കാര്യമായിട്ട് പറയാം ഒരു കാറ് എനിക്ക് തന്നാൽ ഞാൻ ആദ്യം ഡോർ അങ്ങോട്ട് തുറക്കുന്നത് മറ്റേ ഉദ്ദേശിക്കുന്നത് ഇയാൾ ടെക്നിക്കലി എന്തൊക്കെ ചെയ്യുന്നതാണ് ഇദ്ദേഹം തുടങ്ങുന്നത് ഡോറിന്റെ മുകളിലാണ് അപ്പൊ ഈ ഉദ്യോഗസ്ഥൻ ചോദിച്ചു ശരി അങ്ങ് കാറ് തുറന്ന് അകത്തായിരുന്നു ഇനി എന്താ ചെയ്യുക അങ്ങ് ഞാൻ ഡോർ അടയ്ക്കുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലപ്പോഴും ഡോറിൻ്റെ മൂള്ള മറ്റേ എവിടെ നിൽക്കണോ ഇയാളെവിടെ നിൽക്കണോ ഇയാൾക്ക് ഇങ്ങോട്ട് കലി വന്നു ഓഫീസർക്ക് ഓഫീസർ പറഞ്ഞു നിങ്ങൾക്ക് കാറല്ലേ ഞാൻ തരുന്നത് ഡോർ ഇല്ലാത്തൊരു ജീപ്പാണ് അപ്പൊ ഇയാൾക്ക് തുറക്കലോ അടക്കലും ഇനി എന്താ അങ്ങനെ ചെയ്യാന്ന് വെച്ചു അപ്പത്തേം പറയാ കാര്യം വേണ്ട ഞാൻ ഡോറ് തുറക്കുന്നു മനുഷ്യൻ നിങ്ങക്ക് ഡോറില്ലാത്ത ജീപ്പ് ആ തന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ ഡോറ് അദ്ദേഹം പറയാൻ നിങ്ങൾക്കത് പറഞ്ഞാൽ മതി ഞാനിപ്പോഴും കാറിന്റെ ഉള്ളിലാണെന്ന് എന്താ പറയുക അതിന് ഞാൻ കാറിന്റെ ഉള്ളിലാണ് ഇയാൾ അപ്പോഴും അതിന്റെ മോളെ പിടിച്ചിരിക്കുന്നത് എന്നിട്ട് അവിടെ നിന്നും കേട്ടാ അതൊന്നും ശരി നിങ്ങൾ കാറിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന് ജീപ്പിലിരുത്തി നിങ്ങൾ വണ്ടി ഓടിക്കണോ അതൊക്കെ പറഞ്ഞു കൊടുത്തു അയാൾ ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ജംഗ്ഷനിലെത്തിയ നിങ്ങൾ എന്ത് ചെയ്യുന്നത് അപ്പൊ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ തലകൊരിച്ചിരിക്കും ഇത്ര കാറില് വണ്ടിയില് ഓഫീസർക്ക് കലി വന്നു തലകുനിച്ചിരിക്കുന്നു അതെ നിങ്ങക്ക് അത് പറഞ്ഞറിയില്ല അപ്പുറത്തെ കേശവൻകുട്ടിയുടെ കട ഉണ്ടെന്ന് ഞാൻ അവൻ അമ്പതിനായിരം രൂപ കൊടുക്കാണ്ടെന്ന് അവനെന്നെ കണ്ട വെറുതെ വിടില്ലേ അത്രേ ഡ്രൈവിംഗിന് പോയ ആളാണെന്ന് അപ്പൊ ആ ജംഗ്ഷനിലെത്തിക്കഴിഞ്ഞാൽ ഈ കാർ എന്ത് ചെയ്യുന്ന ചോദ്യം ഇയാളീ ചിന്തിക്കുന്നത് അവിടെ കേശവൻകുട്ടി കണ്ടുകഴിഞ്ഞാൽ ചിന്തി ചെയ്യണം എന്നുള്ള ഇങ്ങനെയുള്ള ഒരാളോട് എങ്ങനെയാണ് സംസാ പ്ര അപ്പൊ ഉദ്ദേശിക്കുന്നതൊന്ന് അതുപോലെയാണ് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നേടേണ്ടതൊന്ന് അനുഷ്ഠിക്കുന്നത് മറ്റൊന്ന് കുറച്ചൊരു മെനക്കെടൽ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ചിട്ടപ്പെടുത്തി ചിട്ടപ്പെടുത്തി ക്രമേണ എന്തു നേടണം എന്തു നേടണം സമവത്തി എന്ത് വന്നാലും കഴിയുന്നതും അമിതമായി പ്രതികരിക്കാൻ അസ്വഭാവം പഴയ സ്വഭാവം പുറത്തു വരും ഞാൻ കുറ്റം പറയില്ല നല്ലതാണതൊക്കെ അതൊക്കെ അങ്ങോട്ട് വരുന്നത് നല്ലതാണ് നമ്മളതൊക്കെ പുറത്ത് വരുമ്പോണ്ടല്ലോ കുറച്ചൊക്കെ അതിന് ഇന്ന് എന്ത് ചെയ്യണം പിടിച്ചു മഹാഭാരത യുദ്ധം ഇവിടെ നടന്നു എന്നുള്ളതിന് നല്ല തെളിവ് എനിക്ക് നില കിട്ടി ചെലവ് ഇനി ആവശ്യമില്ല നടന്നിട്ടില്ലെങ്കിലേ യുദ്ധമുള്ളു കാര്യമല്ല ഇതാണ് സത്യം അപ്പോ അപ്പൊ ഇതൊക്കെ ക്രമേണ ക്രമേണ നമ്മൾ തിരിച്ചറിയണം എനിക്കിങ്ങനെയൊക്കെ ചില ഏഹ് എന്തുണ്ട് എന്തുണ്ട് ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിനെക്കിങ്ങനെ ചൊറിഞ്ഞു വരും എന്നാലും പിടിച്ചു നിർത്താം എങ്ങിങ്ങനെ അരിച്ചു കയറുന്നു എന്നൊക്കെ പറയാറില്ലേ ചിലര് രണ്ടെണ്ണം കൊട്ടുക്കാരെങ്ങനെ വരുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ പിടിച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെ പിടിച്ചിരിക്കുകയുണ്ട് നിവൃത്തിയില്ല അപ്പൊ ചില സ്വഭാവങ്ങളെയൊക്കെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി മാറ്റി മാറ്റി കൊണ്ടുവന്നാൽ നല്ലതാണ് ചിലവരുണ്ടല്ലോ ഏറ്റവും കൂടുതൽ മാനേജ്മെന്റ് മുതലാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിലർക്ക് ഈ കൂടി ദേഷ്യം കൂടി ദേഷ്യം നിയന്ത്രിക്കാൻ മാനേജ്മെന്റ് ക്ലാസ്സിൽ പോകുന്നവരുണ്ട് ഇതെങ്ങനെയാ ദേഷ്യത്തിന് പുറത്ത് കിടക്കുകയാണ് ഓരോ സ്വഭാവം വെച്ചിട്ട് പിന്നെ പുറത്തു കിടക്കാൻ പറ്റും ഒരു സ്ത്രീക്ക് ഭർത്താവിനെ കണ്ട അപ്പ വരും അയാളുടെ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അയാൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അങ്ങനെ മാനേജ്മെന്റ് ക്ലാസ്സിൽ പോയിട്ട് അവര് നല്ല വഴിയാണ് പറഞ്ഞു കൊടുത്തത് കൗണ്ട് ചെയ്യാൻ ദേഷ്യം വരുമ്പോഴേ ദേഷ്യം ഇങ്ങനെ അരിച്ചു വരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുമോ ചിലർ പറഞ്ഞത് തണുത്ത വെള്ളം ഓത്തൊഴിക്കാൻ ഈയൊരു അമ്മയ്ക്ക് അവര് പറഞ്ഞുകൊടുത്തതെന്ന് വെച്ചാൽ ഇവര് വലിയ ഭക്തിയാണ് രാമനെ ഓർത്താ മതി എന്ന് പറഞ്ഞു കൊടുത്തു രാമൻ അച്ഛൻ കാട്ടിലേക്ക് പോവാൻ പറഞ്ഞ സമയത്ത് ദേഷ്യമൊക്കെ പിടിച്ചു ആളാണല്ലോ അപ്പൊ ദേഷ്യം വരുമ്പോ രാമനെ ഓർക്കാൻ അപ്പെന്താ വേണ്ടതെന്ന് രാമരാമാന്ന് ജപിച്ചാ മതിയെന്ന് അന്ന് ഒരു ജീവിതത്തിലെ കഷ്ടകാലം നോക്കണം ഭർത്താവ് എന്തോ പറഞ്ഞു ഒരു ഭയങ്കര ദേഷ്യം വന്നു വീണ്ടും പറഞ്ഞു വിട്ടുകൊടുത്തില്ല ഭർത്താവിന്റെ മുഖത്ത് നോക്കി രാമരാമ ജപിക്കാൻ തുടങ്ങി ഭർത്താവ് ആ ഞൂങ്ങിന്ന് പറഞ്ഞു പറയാനത് മുഖത്ത് നോക്കി പറയേണ്ടിന്ന് ഭർത്താവിന്റെ വിചാരം ഇവരെന്തോ എന്താ തോതിവാസം ശരിക്കും ചിന്തിച്ചു നോക്കൂ നിങ്ങൾ സത്യ അതല്ലേ മുഖത്ത് അത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നല്ല മുഖത്തോടു കൂടിയിട്ടില്ലല്ലോ രാമരാമ ജീവിക്കുക ആ ദേഷ്യം എപ്പോഴും ആ മുഖത്ത് ദേഷ്യം വെച്ചിട്ട് നിങ്ങൾ രാമരാമ ജീവിച്ച് നോക്കൂ അപ്പൊ മറ്റൊരാൾ എന്താ കരുത നാമ ചെല്ലുന്ന പോലെ തോന്നോ എന്തോ ഗുരുത്തക്കയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് ചീത്ത പറയുന്നുണ്ട് അതാണ് അതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ട്രൈ ചെയ്താലൊന്നും എത് പോവില്ല ദേഷ്യം പോവില്ല പോവോ അപ്പൊ എങ്ങനെയാ ദേഷ്യം പോവാ അടക്കി വെക്കുക വഴി അറിയണമെന്നുണ്ടോ നിങ്ങക്ക് ദേഷ്യം എങ്ങനെയാ പോവാന്നുള്ളത് അറിഞ്ഞിരിക്കണോ നിങ്ങക്ക് വേണോ വേണ്ട സത്യമാണല്ലോ വാക്ക് മാറില്ലല്ലോ ഇനി പോളോ ഇനി ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യാൻ ആയിരം രൂപ ഏത് സ്വാമിക്ക് കൊടുക്കുന്നു പറയാ അഡ്രസ് വേണേ ഇപ്പോഴും എഴുതി വെച്ചോളൂ നിങ്ങൾ എന്താ ഷാള് കളയാത്തത് നിങ്ങൾ ഡ്രസ് ഇട്ടിട്ടില്ലെങ്കിൽ ഷോൾ ഇട്ടിട്ട് വരും എന്തുകൊണ്ടാണിത് ഇങ്ങനെ ഫൈൻ കിട്ടും എന്നുള്ളത് അത് നിങ്ങൾ എത്ര കെയർഫുൾ ആയിട്ട് എടുത്തു വെക്കുന്നത് നോക്കൂ അല്ലെങ്കിൽ രണ്ടാം ദിവസം സാമീഷ് ആൾ പോയിട്ടോന്നു ഞാൻ അവിടെ വെച്ചതായിരുന്നു അവൾ എടുത്തുകൊണ്ടുപോയി എന്ന് അറിയില്ല എന്ന് എവിടെയാ അറിയില്ല ഒന്ന് ബാത്റൂമിൽ ഉണ്ടാവും ഒന്ന് വേറെ എവിടെയെങ്കിലും ഉണ്ടാവും നോക്കൂ ഇപ്പൊ എവിടെയൊക്കെ നിങ്ങൾ അത് എത്ര കെയർഫുൾ ആയിട്ട് ചിലവരൊക്കെ ഉണ്ടോ ഇവിടെ അപ്പോ രൂപ വേണ്ട നിങ്ങളുടെ വീട്ടൊരു ഭണ്ണാരം വെക്കുക എന്നിട്ട് ആയിരം ഇടയ്ക്ക് പൊളിക്കരുത് ചിലരെ അങ്ങനെയുണ്ട് ദൈവത്തിനെ പറ്റിക്കുന്ന ആൾക്കാരന്റെ ദൈവത്തിന്റെ മുന്നിൽ പൈസ വയ്ക്കുന്ന ഇടയ്ക്ക് പറയും ദൈവമേ ഞാൻ എടുത്തിട്ട് ചില്ലറ പിന്നെ തരാന്ന് ചില്ലറെടുത്തിട്ട് നോട്ട് കൊടുക്കും ദൈവത്തിന് പിന്നെ നോട്ട് എടുത്തിട്ട് ചില്ലറ കൊടുക്കും അവസാനം ദൈവത്തിനെ അറിയില്ലത് ഏതാ എന്താന്നുള്ളത് കണക്ക് മാറ്റുന്ന ആൾക്കാരുന്ന് ഇതുപോലെ ആവരുത് ഒരിക്കൽ നിങ്ങൾ ആയിരം രൂപ തന്നാൽ പിന്നെ നിങ്ങൾക്ക് ദേഷ്യം തരില്ല കാരണം ദേഷ്യം ഇങ്ങനെ പൊങ്ങി വരുമ്പോഴേക്കും ആയിരം രൂപയാണേ ആയിരം രൂപയാണെന്നുള്ളൊരു വിചാരം ആ അങ്ങനെ ഒരു ഹെവി ഫൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്തു വരില്ല പല സ്വഭാവങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു എന്താണ് ചിന്തനം നമ്മൾ ചെയ്തിട്ട് ക്രമേണ ക്രമേണ പറയാണ് നമ്മുടെ മനസ്സിനെ ആരിലേക്ക് തിരിച്ചോളണം എന്നിട്ട് പറയണോ സൂര്യ ശശാകോന്ന പാവമപരമ തത് വാസയതേ സൂര്യ ആ ഒരു സ്ഥലത്തിനെ പ്രകാശിപ്പിക്കാൻ ആർക്ക് സാധ്യല്ല സൂര്യന് സാധ്യത സൂര്യന് പോലും അവിടെ പ്രകാശിപ്പിക്കാൻ സാധ്യത അതെന്താ ഭഗവാൻ അങ്ങനെ പറയാൻ കാരണം ശ്രദ്ധിക്കണേ നിങ്ങള് സൂര്യന്റെ പ്രകാശം കൊണ്ടാണ് ലോകം മുഴുവൻ പ്രകാശിക്കുന്നത് ആണോ അല്ലേ പക്ഷെ സൂര്യന്റെ പ്രകാശത്തെ കാണാനുള്ള ശക്തി ഉണ്ടല്ലോ നമ്മുടെ കണ്ണിന് അത് കണ്ണിന്റെ ശക്തി അല്ലത് അത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം ആ ചൈതന്യത്തെ പ്രകാശിപ്പിക്കാൻ ആർക്കും സാധ്യല്ല സൂര്യന്റെ സാധ്യത പ്രസ്താവന നോക്കൂ അതുപോലെ എന്ന ശശാങ്കോ ആരാ ശശാങ്കൻ ചന്ദ്രനൊട്ടും പറ്റില്ല പാവം അങ്ങൊരു ലോണെടുത്തിരിക്കുകയാണ് ചന്ദ്രന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ റിഫ്ലക്ഷൻ ആണ് പാവക പാവയ്ക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ അഗ്നിക്കും പറ്റില്ല എന്നാൽ ആ പ്രത്യേകത എന്താണ് ആ സ്ഥലത്തിന്റെ യത് അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ന നിവർത്തന്തി അവിടുന്ന് തിരിച്ചു കരഞ്ഞ തദ്ധാമ പരമ അതാണ് എന്റെ ാമം എന്ന് പറയുന്നത് അപ്പൊ വൈകുണ്ടം എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത അവിടെ ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരില്ല അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് നമുക്ക് പോവാൻ ഒരിക്കൽ പോയാൽ തിരിച്ചു വരണ്ട അപ്പൊ നിങ്ങൾ കുരുക്ഷേത്രത്തിലേക്ക് വന്നാൽ ഭഗവാന്റെ ധാമത്തിലെത്തി എന്ന് പറയാൻ പറ്റുക കാരണം നിവർത്തൻ തട തിരിച്ചു പോണ്ടേ അപ്പൊ നമ്മൾ ഒരിക്കൽ പോയാൽ പിന്നെ അതേതാണ് ആ ധാമം എവിടെണത് എവിടെയാണ് ആ ധാമം പുറത്തെവിടെയല്ല ഇരിക്കുന്നത് നമ്മളിൽ തന്നെ അങ്ങനെ ഒരു അനുഭൂതി നമുക്കുണ്ട് അവിടെയൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏ പിന്നെ മനസ്സവിടെ പ്രവേശിക്കാത്തടത്തോളം കാലം അവിടെ എത്തുന്നതുവരെ മനസ്സിന് എന്തുണ്ട് പുനരഭിജനനം അപ്പൊ എത്ര കാലം നീ ജനിക്കണം എത്ര കാലം മരിക്കണം മനസ്സിലാവേണ്ടത് നിങ്ങക്ക് എത്ര കാലം ഇനി ജനിക്കണം എത്ര കാലം മരിക്കണം എന്താ ഉത്തരം എവിടെ നിന്നാണോ പുറപ്പെട്ടത് ക്ലിയറാണോ നോക്കൂ ഒരു പുഴയ്ക്ക് എത്ര കാലം ഒഴുകണം അത് ഏതൊരു കടലിൽ നിന്നാണോ പുറപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര കാലം ഇനി യാത്ര ചെയ്യണം ഏരിച്ച് വീട്ടിലെത്തുന്നവരെ അല്ല ശാരീരികമായിട്ട് ഈ ട്രിപ്പിൽ എത്ര യാത്ര ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ യാത്ര ചെയ്യണം അല്ലെ എവിടെ നിന്ന് പുറപ്പെട്ടുവോ അവിടെ എത്തിച്ചേരാം അപ്പൊ അതുപോലെ ഈ മനസ്സിന് ഇനി എത്ര ജന്മങ്ങൾ വേണം ആർക്കറിയാം സ്വാമി അങ്ങനെ ആർക്കറിയാന്നൊന്നും പറയണ്ട നിങ്ങൾക്ക് അറിയാം യാത്ര എത്ര വേണം നിശ്ചയിക്കുന്ന എത്ര ജന്മം വേണം നിശ്ചയിക്കുന്നത് നിങ്ങളാണ് ഇനി ഒരു ജന്മം വേണമെന്നുണ്ടോ നിങ്ങക്ക് ഉം ഒരു ജന്മം കൂടി വേണം എന്തെന്താ സീരിയൽ തീർക്കാൻ വേണ്ടി വരികയാണോ നിങ്ങള് ഒരു ജന്മം കൂടി വേണം എന്നുണ്ടെങ്കിൽ ഗീതവിടെ അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കറങ്ങി കറങ്ങി കറങ്ങി കറങ്ങി വീണ്ടും കുറെ ക്ഷേത്രത്തിൽ ഇനിയൊരു ട്രിപ്പ് വന്ന് അങ്ങനെ കുറെ കൊതുകിന്റെ ചീച്ചയുടെ കടികൊണ്ട് ക്രമേണ ക്രമേണ നാട്ടുകാരുടെ വീട്ടുകാരുടെയൊക്കെ ചീത്ത കേട്ട് ഇനിയും കല്യാണം കഴിഞ്ഞ് ഇനിയും പ്രസവിച്ച് ഇനിയും അച്ഛനായി അമ്മയായി വന്ന് ഒരു വീട് വെച്ച് എന്നിട്ട് വീണ്ടും കുറെ ഒക്കെ ഭക്തി ഉണ്ടാക്കി വീണ്ടും മരിച്ച് അങ്ങനെ എങ്ങനെ എങ്ങനെങ്ങനെ പുനരവിജനനം ഏ സുഖല്ലേത് അവര് സുഖല്ലേ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സുഖമല്ലാന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് അറിയാം സുഖാണെന്നുള്ളത് അങ്ങനെയൊന്നും വിട്ടതല്ലേ നിങ്ങള് പണ്ട് നാരദമാഷി കാശീലെത്തി ജനങ്ങള് കൊടും തണുപ്പില് ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് കാശീല് ആളുകൾ അങ്ങനെ ആ ഗംഗയിൽ ഹാദേവ എന്നൊക്കെ പറഞ്ഞ അലറിങ്ങനെ അതിലേക്ക് കുളിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹം ശിവനോട് ഒരു കഷ്ടം ശിവ ഇങ്ങയുടെ പേരും വിളിച്ചിട്ട് ഇത്ര ആ തണുപ്പില് കുളിക്കുന്നുല്ലോ മോക്ഷം കൊടുത്തൂടെ അങ്ങേക്ക് ഉടനെ ശിവൻ പറയാണ് ഒന്നിനും വേണ്ട മോക്ഷം വെറുതെ വിളിച്ച് കരയാണ് അവർക്കൊക്കെ മോക്ഷം വേണം എന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെ ചീപ്പാക്കരുത് ഭഗവാനെ ഭക്തന്മാരെ എത്ര കഷ്ടപ്പെട്ട് എത്ര ദൂരേന്നൊക്കെയാണ് നിന്ന് വന്നിട്ടുണ്ട് എറണാകുളത്ത് പല ദിക്കിൽ നിന്നും വന്നിട്ടുണ്ട് ഇനി അവർക്കൊക്കെ അങ്ങ് മോഷം കൊടുത്തില്ലെങ്കിൽ ആരും മോശം കൊടുക്കും അങ്ങയുടെ നാമം വിളിച്ചിട്ടല്ലേ അവരൊക്കെ കരഞ്ഞ് ചാടുന്നത് ശിവ മോക്ഷം കൊടുക്കൂന്ന് ഏ നാരദരെ അങ്ങനക്ക് ഇനിയും ഇവർക്കൊന്നും മോക്ഷം വേണ്ട ഭഗവാൻ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതേ എന്നാ നാരദ ഒരു കാര്യം ചെയ്യും കൊണ്ടുവരൂ കുറെ കൈലാസം വരെ കൊണ്ടുനോക്കും എത്ര എണ്ണത്തിന് മോശം വേണം നോക്കാമല്ലോ വളരെ കോൺഫിഡൻസായി കുറെ എണ്ണത്തിന് തൂക്കി ഇവിടെ കൊണ്ടുപോകണം ഉറക്കെ വിളിച്ചു പറഞ്ഞു പരമശിവൻ പ്രത്യക്ഷമായി നിങ്ങൾക്ക് മോക്ഷം തരാൻ പോകുന്നു നിങ്ങൾ എന്റെ കൂടെ വരുമെന്ന് നാരദമാഷി നോക്കുമ്പോൾ പത്തു പതിനായിരം ആൾക്കാർ നാരദമാഷിയുടെ പിന്നില് നാരദമാഷി കൂടുതൽ ധൈര്യമായി എന്താ ശിവൻ മനസ്സിലാക്കിയത് ഇവർക്കൊന്നും മോക്ഷം വേണ്ടാന്നോ അങ്ങനെ ഇവരികൊണ്ട് കയ്യിലാസത്തിലേക്ക് പോവാണ് ആ പോകുന്ന വഴിക്ക് പലതര പർവ്വതങ്ങളുണ്ട് അവിടെ കണ്ട് രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ മരണത്തെ പോലും തോൽപ്പിക്കുന്ന സഞ്ജീവനി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുണ്ട് ആ ഇലകളൊക്കെ ഉള്ള സ്ഥലത്ത് കൂടിയാണ് പോകുന്നതേ നാരദമാഷിക്ക് ഇതൊക്കെ അറിയാം നാരദമാഷി പറഞ്ഞു എന്റെ ഭക്തന്മാരെ ഇവിടെ ശരീരം നശിക്കാതിരിക്കാനുള്ള മരുന്നുകളുണ്ട് ഔഷധങ്ങളുണ്ട് അതൊന്നും പറച്ചു കഴിക്കരുത് ഞാൻ ഹരഹരെന്ന് പറയുമ്പോൾ നിങ്ങൾ ശിവശിവ പറയണം കണ്ണടച്ച് കൈ പിടിച്ച് കൈ പിടിച്ച് കൈ പിടിച്ച് വരണം ഒരാൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കരുത് നാരദമർഷി ഉറക്കെ വിളിച്ചു ഹരഹരാ അല്ല ശിവശിവ എന്നൊക്കെ ശബ്ദം കണ്ടു ശിവശിവാ ആ നാരദ മനസ്സിലായി എന്തോ മിസ്സായി നോക്കുമ്പോൾ എന്താ പകുതി എണ്ണ ഇരുന്ന് പുല്ല് പറിച്ചു കഴിക്കുക മോക്ഷത്തിന് പോയാ പാർട്ടിയ നാരദമാർഷി എഞ്ചൊരു കൈവെച്ചു ശിവശിവാ എന്ന് പറഞ്ഞ കരഞ്ഞ വാർത്തയാണ് മോഷം വേണ്ട ബാക്കിയൊരു പത്തൊമ്പത് പത്ത് അയ്യായിരം ആൾക്കാരുണ്ട് ഇവരിങ്ങോട്ട് വീണ്ടും അങ്ങനെ പോകുന്ന സമയത്തുണ്ടല്ലോ നാരദമഹർഷി പറഞ്ഞു ദേവികാരിച്ചു നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് ഇവിടെ ഒരു പർവ്വതത്തിന്റെ ഇടയിലൂടെ നമ്മൾ പോകുമ്പോൾ വിലപിടിച്ച രത്നങ്ങളാണ് അവിടെ കിടക്കുന്നത് അതിലേക്കൊക്കെ കണ്ണു പോയാൽ നിങ്ങക്ക് മോക്ഷം ഉണ്ടാവില്ല കണ്ണടച്ചുകൊണ്ട് ഞാൻ ഉറക്കം വിളിക്കും ശിവശിവാ നിങ്ങൾ ഹരഹരാന്ന് കുറച്ച് കഴിഞ്ഞപ്പോ നാരദ മഹർഷി തോന്നിക്കൈ ലൂസാവുണ്ടെന്ന് ഹരഹരാ എന്നുള്ള ശബ്ദത്തിന്റെ ശിവശിവ എന്ന് ശക്തി പോരാ നോക്കുമ്പോ എന്താണ് പകുതി എണ്ണം ഇരുന്നിട്ട് കാരണം സഞ്ജി മേഘൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ പിന്നെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടിരിക്കുക ആ കല്ല് ഞാനടുത്തത് ഈ കല്ല് നീ അടുത്തതെന്ന് പറഞ്ഞിട്ട് പകുതി എണ്ണം അവിടെയും പോയി പിന്നെ നാരദമാഷി പറഞ്ഞു ഇനി വളരെ പ്രയാസപ്പെട്ട സ്ഥലത്ത് കൂടിയാണ് പോകാനുള്ളത് മാനസ ആ കാലഘട്ടത്തിൽ മാനസ സരോവരിലെ ദേവതകള് അവരാണെങ്കിൽ വസ്ത്രമൊന്നും ഇല്ലാതെ കുളിക്കുക ഡേ ആ വഴിക്ക് പോകുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം അങ്ങോട്ട് ഒട്ടും നോക്കരുതെന്ന് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഈ ഫോളിഷ്ണസ് ഒക്കെ ആളുകളുടെ വിശ്വാസം കൈലാസത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അർദ്ധരാത്രിയിൽ ദേവതകൾ ഒന്ന് കുളിക്കുക അത്ര ആളുകൾക്ക് അങ്ങനെയൊക്കെയുള്ള വിശ്വാസമുണ്ട് അത് പാതിരക്കൊക്കെ ചെന്ന ആളുകൾ പോകും നോക്കും ചെയ്യും ദേവതകൾ കുളിക്കണ്ടോ ഒന്ന് ഇപ്പോഴും ഉണ്ട് ആളുകളുടെ ആ ഫോളിഷ് നോക്കും ഭക്തിയോട് കൂടിയാ പോവുക അവര് ഏതായാലും നാരദപക്ഷികളും ദൈവം വളരെ ശ്രദ്ധിക്കണം അങ്ങോട്ട് നോക്കുകയോ ചെയ്യരുതെന്ന് എവിടെ നാരദപക്ഷി ഉറൊക്കെ വിളിച്ചു ഹരഹരാ പിന്നെ ശിവശിവ എന്നുള്ള ശബ്ദേ ഇല്ല നോക്കുമ്പോ എല്ലാം തടാകത്തിന്റെ അടുത്തിരിക്കാരദപക്ഷി ശിവ ശിവന്റെ അടുത്തെത്തിയപ്പോ ചോദിച്ചു അല്ല മോക്ഷത്തിന് കുറെ ആൾക്കാരെ കൊണ്ടു വരാതുകൊണ്ടാണ് പോയതങ്ങ് ഇന്നേ റിക്രൂട്ട്മെന്റ് ഒന്നും നടന്നില്ല ഭഗവാനെ കൊറേ എണ്ണ തടാകത്തിൽ ഇരിക്കണോ കല്ല് പെറുക്കണോ കൊറേ എണ്ണം വൽ ായിരുന്നൊക്കെ കൂടെ വന്നതാ ശിവം പറയാണ് ഇതന്നെയാ പറഞ്ഞത് ഞാൻ ഒരെണ്ണത്തിനും കാര്യത്തോട് അടുക്കുമ്പോ ഒരെണ്ണത്തിനും വേണ്ട ഇതുപോലെ നിങ്ങൾ പറയും ഇനി ഒരു ജന്മൊന്നും വേണ്ട സ്വാമി എന്ന് പക്ഷെ ഭഗവാൻ ചോദിക്കാണ് ഒന്നുകൂടിയും ഓക്കെ ഭഗവാനെ അങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് ഒന്നും ഞാൻ വന്നേക്കാം അതുകൊണ്ട് പറയുന്നു യദ്വാന നിവർത്തന്റെ അതിലേക്ക് പ്രവേശിച്ചാൽ ഉം തിരിച്ചു എന്താ അവിടുത്തെ തിരിച്ചു കാരണം അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ സംസ്കാരങ്ങളൊക്കെ മാറിയത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സംസ്കാരവും പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് സംസ്കാരങ്ങൾ ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ നിങ്ങൾ വരിക എന്നാ എന്നിട്ട് പറയുന്നു മമേവാംശോ ജീവലോകേ ജീവഭൂതസനാതന മനഷ്ട്രിയാണി പ്രകൃതിസ്ഥാനി കർഷീ ജീവലോകേ മമ അംശ ജീവ ഭഗവാൻ പറയുന്നു ഈ ജീവലോകത്തിൽ എന്റെ അംശമാണ് ജീവൻ എന്ന് പറയുന്നത് മനഃഷ്ടാണിന്ദ്രിയാണി മനസ്സിനോടും മനസ്സ് തുടങ്ങിയിട്ടുള്ള ആറ് ഇന്ദ്രിയങ്ങളോട് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ഇതിനോടൊക്കെ ചേർന്ന് പ്രകൃതിസ്ഥാനികർഷതി ഏതിനോട് ആകർഷിക്കണോ പ്രകൃതിയോട് അപ്പൊ മനസ്സെപ്പോഴും ആകർഷിക്കുന്നത് പ്രകൃതിയോട് എന്നിട്ടോ ശരീരം യഥവാം ഗൃഹീത് സംയാതി വായുർഗന്ധാചയാ ഏത് ആപ്നോദി ശരീരം യച്ചാമതി ഉക്രാമതി ഈശ്വര എന്നിട്ട് എന്ത് ചെയ്യണോ ഈ മനസ്സെന്ന് പറയുന്ന സാധനം ശരീരം എടുക്കുന്നു ശരീരത്തിൽ നിലനിൽക്കുന്നു ശരീരം വിടുന്നു ഏതുപോലെ ഒരു പൂ വീണാലും അതിന്റെ വാസന വിട്ടുപോവാത്തതുപോലെ ഇങ്ങനെ ഈ മനസ്സെന്ന് പറയുന്ന സംസ്കാരം പുതിയ ശരീരങ്ങൾ എടുക്കുന്നു അതിലൂടെ പ്രവർത്തിക്കുന്നു വീണ്ടും വിട്ടുകൊണ്ട് പോകുന്നു ഇപ്പൊ ഇവിടെ ജീവൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എവിടെ ജീവൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മനസ്സിന് ഞാൻ പറഞ്ഞു രണ്ടുതരം ആത്മാക്കളുണ്ട് ഒന്ന് ജീവാത്മാവും പരമാത്മാവെന്ന് പറയുന്നത് പരിപൂർണമായ ചൈതന്യത്തെയും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെയും ജീവാത്മാവെന്ന് പറയുന്നത് ആ ചൈതന്യത്തിൽ നിന്നും വന്നിരിക്കുന്ന മനസ്സിനെയാണ് അത് ഓർത്തുവയ്ക്കണേ നിങ്ങൾ എന്തിന് പറയുന്നു ശ്രോത്രം ചുസ്പർശനം രസനം ഗ്രാണമേവ അധിഷ്ഠായ മനസ്റ്റായം വിഷയാനുപസേവത ഭഗവാൻ ആ കാലഘട്ടത്തിൽ എത്ര സൂക്ഷ്മമായി ചിന്തിച്ച ആളാണ് നോക്ക് ശ്രോത്രം ചട്ടു സ്പർശനം രസനം ഗ്രാണം എന്തിനാണ് പറയുന്നത് ഹേ നമ്മുടെ അഞ്ചിന്ദ്രിയങ്ങൾ ഇതിനോട് ചേർന്ന് അധിഷ്ഠായ മനസ് ഇതിനോടൊക്കെ ചേർന്ന് മനസ്സ് വിഷയാൻ ഉപസേവത വിഷയങ്ങളെ ആരാ വിഷയങ്ങൾ അനുഭവിക്കുന്നത് എത്ര സൂക്ഷ്മമായിട്ടാണ് മനുഷ്യ ജീവിതത്തെ അനലൈസ് ചെയ്ത് നോക്കൂ ഇതൊക്കെ ഇന്ന് നമുക്ക് പഠിക്കാൻ സൗകര്യമാണ് കാരണം ഇന്ന് നമുക്ക് ശാസ്ത്രം വികസിച്ചു ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാ പറഞ്ഞിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഇത്ര സൂക്ഷ്മമായി കൃഷ്ണൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ വളരെ നമ്മൾ വിഗ്രഹത്തിൽ പൂജിക്കേണ്ട ഒരാളായിരുന്നില്ലേ അദ്ദേഹം വളരെയധികം മനുഷ്യ ജീവിതത്തെ മനസ്സിലാക്കിയ ഒരു മഹാത്മാവ് തന്നെയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് നോക്കൂ നിങ്ങളെ ശ്ലോക ശ്ലോകങ്ങളൊക്കെ എടുത്ത് നോക്കൂ നിങ്ങൾ ഒരു പരമഗുരു തന്നെയായിരുന്നു അദ്ദേഹം അല്ലേ അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ എന്താണോ അനുഭവം എന്നുള്ളത് അന്ന് ഈവൻ നമ്മളിൽ എത്ര പേർക്ക് നമുക്കിതൊക്കെ അറിയാം നമ്മുടെ മനസ്സിന്ദ്രിയങ്ങളോട് ചേരുമ്പോഴാണ് നമുക്ക് അനുഭവം കിട്ടുന്നത് ഉണ്ടോ അത്ര അദ്ദേഹം അനലൈ ചെയ്ത് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് പറയുന്നു ഉക്രാമന്ദം സ്ഥിതം വാപി ുഞ്ചാനം വാ ഗുണാൻവിതം വിമൂഢാനുപശ്യചക്ഷുഷാ ഉത്ക്രാമന്തം സ്ഥിതം ഭുഞ്ചാനം മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഉത്ക്രാമന്തം വിട്ടുപോകുന്ന സ്ഥിതം നിലനിൽക്കുന്ന ഭുഞ്ചാനം അതിലിരുന്ന് അനുഭവങ്ങൾ അനുഭവിക്കുന്ന ആരെക്കുറിച്ച് അതൊക്കെ പറയുന്നത് മനസ്സിലായില്ല ശരീരം വിട്ടുപോകുന്ന ശരീരത്തിലിരിക്കുന്ന ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവങ്ങൾ ഭുജിക്കുന്ന ആരെയാണ് മനസ്സിനെ വിമൂഢ അനുപശ്യന്തി വിമൂഢന്മാർക്കത് മനസ്സിലാവില്ല ആര് കാണുന്നു പശ്യന്തി ജ്ഞാനശക്ഷു അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ജ്ഞാനത്തിലൂടെ വേണം അപ്പൊ മനസ്സിനെ പോലും മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണം ആ മനസ്സിന് പിന്നുള്ള സത്യത്തെ മനസ്സിലാക്കാനും ജ്ഞാനം വേണം ഇപ്രകാരം പറയാണ് ആരാണോ ജ്ഞാനചക്ഷിക്ഷുകൊണ്ട് നോക്കുന്നത് അവർക്ക് തുറക്കാൻ മനസ്സിലാവും അല്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാവില്ലേ അപ്പൊ സത്സംഗങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ജ്ഞാനക്കണ്ണിനെ തുറക്കാനാണ് മനുഷ്യന്റെ ജ്ഞാനക്കണ്ണിനെ എന്നിട്ട് പറയുന്നു യഥന്തോ യോഗിനൈനം പശ്യന്യാത്മന്യവസ്ഥിതം യതന്തോപ്യകൃതാത്മാനം പശ്യന്യേത അപ്പോ നമുക്ക് രണ്ടുതരം ചക്ഷുഷുക്കൾ ഒന്ന് മാംസചക്ഷുഷും ജ്ഞാനചക്ഷുഷും ഇതേതുപോലെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വല്ല ക്യാൻസറോ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ വന്നാൽ ഡോക്ടർക്ക് മാംസചക്ഷുഷിനെ കൊണ്ട് കാണാൻ പറ്റുമോ ഏത് കണ്ണു വേണം ജ്ഞാന ചക്ഷുഷ് വേണം എന്ന് വെച്ചാൽ ഓരോന്നോ ടെസ്റ്റ് ചെയ്ത് അതിന്റെയൊക്കെ ബയോപ്സി എടുത്ത് അത് പഠിച്ച് ഇത് പഠിച്ച് എന്നിട്ട് വേണം അദ്ദേഹത്തിന് നോക്കാൻ ഇതിലെന്താണ് പ്രശ്നങ്ങളുള്ളത് അതൊക്കെ ജ്ഞാനത്തിന്റെ കണ്ണുകളാണ് ഇതുപോലെ ഈ മനസ്സിനെ നമുക്ക് ജ്ഞാന കണ്ണുണ്ടെങ്കിലേ മനസ്സിലാക്കാൻ പറ്റുന്നു ഭഗവാൻ പറയുന്നു അങ്ങനെ ആരാണോ യതെന്തോ യജ്ഞിച്ചുകൊണ്ട് തന്റെ മനസ്സിനെ പരിപൂർണമായി മനസ്സിലാക്കുന്നത് പശ്യന്തി ആത്മനി അവസ്ഥിതം തന്നിൽ അവസ്ഥിതമായിരിക്കുന്ന മനസ്സിനെയും ആ മനസ്സിനെയും നിലനിർത്തുന്ന ചൈതന്യത്തെയൊക്കെ കാണുന്നത് അവർക്ക് ഭഗവാനിലേക്ക് മനസ്സിനെ ഉയർത്തണം അല്ലാത്തവർക്ക് അപ്യകൃതാത്മാനഹ അയനം പശ്യന്തി അചേതസഹ ഇതൊന്നും പരിശീലിക്കാത്ത ആളുകൾക്കൊന്നും ആരും കാണാൻ പറ്റില്ല ഭഗവാനെ കാണാൻ പറ്റില്ല വളരെ സത്യമാണ് പറയുന്നത് എന്നിട്ട് പറയുന്നു ഭഗവാൻ അഹം വൈശ്വാനരോ ഭൂണി ദേഹമാശ്രിതമായുക്ത പചാമ്യന്നുർവിധം ചതുർവിധം അന്നം അഹം പചാമി എന്ന് പറഞ്ഞാൽ ചതുർവിധം നാല് തരത്തിലുള്ള അന്നത്തെ അഹം പചാമി ഞാൻ പചാമി ദഹിപ്പിക്കുന്നു ഏതൊക്കെയാണ് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ആണോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ലഞ്ച് വൈകുന്നേരത്തെ വട രാത്രിത്തെ ചപ്പാത്തി ഇതൊക്കെയാണോ ഭഗവാൻ ഉദ്ദേശിച്ചത് പിന്നെ നാല് തരം അന്നെന്ന് പറഞ്ഞാൽ എന്താണ് നാല് തരത്തിലുള്ള ഭക്ഷണേ നിങ്ങൾ കഴിക്കുള്ളൂ ഒന്ന് ലിക്വിഡ് പിന്നെ സോളിഡ് പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് ശാപ്പാടത്തിൽ നോക്കൂ നാല് തരണ്ടല്ലോ നാല് തരത്തിലുള്ള ആഹാരം നിങ്ങൾ ഉച്ചക്ക് കഴിക്കുന്നുണ്ട് ഒന്ന് ചോറുരുട്ടി കഴിക്കണോ ഇടയ്ക്ക് രണ്ടെണ്ണമായി കഴിക്കും പിന്നെ മൂന്നാമത്തത് ലേപ്യം എങ്ങനെയുള്ളത് ഉണ്ടല്ലോ ആ പിന്നെ പിന്നെ ഏതാണുള്ളത് വലിച്ചു കുടിക്കുന്നത് പായസാണോ വലിച്ചു കുടിക്കുന്നത് പറഞ്ഞാൽ ഇപ്പൊ ചില ഫ്രൂട്ട്സ് ഒക്കെ തന്നുകഴിഞ്ഞാൽ ഏ വലിച്ചു കുടിക്കുന്നത് ഇപ്പൊ മുരിങ്ങയുടെ പോലെ ഒക്കെ തന്നുകഴിഞ്ഞാൽ തെറ്റ വലിയാണ് ഇതുപോലെ ഇതിനെ പറയും ലിക്വിഡ് സോളിഡ് പിന്നെ വലിച്ചു കുടിക്കുന്നത് ലേപ്യമായത് ഇങ്ങനെ നാല് തരത്തിലുള്ള ഫുഡുകളെയാണ് ഭഗവാൻ ചതുർവിധ ഇതൊക്കെ ആര് ദഹിപ്പിക്കുന്നു വൈശ്വാനരനായി ഞാൻ ദഹിപ്പിക്കണമെന്ന് ഭഗവാൻ പറയാണ് ഞാനാണ് ദഹിപ്പിക്കുന്നത് ഒരു ബോധം ഉണ്ടാവണ്ടേ കഴിക്കുമ്പോ ബോധം പന്ത്രണ്ട് ഇഡ്ലിയും പതിനഞ്ച് ചപ്പാത്തിയിട്ടും കൊടുത്തിട്ട് ഭഗവാനെ ഇതൊക്കെ ദഹിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടോ ഒരാൾ അമിതം വണ്ണം വെച്ചിട്ട് ഭഗവാന ഭഗവാന്റെ അടുത്തല്ല ഡോക്ടറെടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഇതൊന്ന് കുറയ്ക്കണമല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ ഡയറ്റിംഗ് ഒന്ന് ശരിയാക്കിയിട്ട് കണന്ന് ഡോക്ടർ കുറെ ഗുളികകളും മരുന്നുകളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യു ഇത് റെഗുലറായിട്ട് കഴിക്കൂന്ന് പിന്നെ രാത്രി രണ്ട് ചപ്പാത്തിയും രണ്ട് ഗ്ലാസ് വെള്ളവും ഇതൊക്കെ പറഞ്ഞു കൊടുത്തു ഇദ്ദേഹത്തിന് അരമണിക്കൂറൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ട് ഡോക്ടറോട് ഇയാള് പോവാൻ നേരത്തെ ചോദിക്കാം അപ്പൊ ചെറിയൊരു ഡൌട്ടും കൂടി ഡോക്ടർ ചിന്താണെന്ന് ഈ പറഞ്ഞ സാധനമൊക്കെ ഊണിന് മുമ്പോ ഊണിന് ശേഷമോ ഒന്നാണ് ഡോക്ടർക്ക് ബോധം എന്തായാലും അയാൾ അയാളുടെ ഹാ ശീലം മാറ്റാൻ പോകുന്നില്ല ഉണ്ടോ അപ്പൊ നമ്മള് നമ്മുടെ ശീലം മാറ്റി പെട്ടെന്ന് ഡോക്ടർ എന്തൊക്കെ കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞാലും പായസം കഴിക്കേണ്ട എത്ര ഡോക്ടർമാർ എത്ര ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മളുണ്ടോ വിടണു ഇഞ്ചക്ഷൻ അടിച്ചിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഉണ്ടോ ഇല്ലയോ എന്തിനാ നിങ്ങളെ മറ്റൊരാളെ നോക്കണത് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഏ എന്നാലും വിടരുത് നമ്മള് കാരണം നമ്മുടെ മനസ്സെന്ന് പറയുന്ന സാധനം അങ്ങനെയാണ് വിഷയാനുപസേവതയെ പലതും സേവിച്ച് സേവിച്ച് അങ്ങനെ പരിശീലിച്ചു പെട്ടെന്ന് നിർത്തിയത് കൊണ്ട് കാര്യമില്ല നോക്കൂ ഇതൊക്കെ നിങ്ങൾ നിർത്തിയാലും ഇതിന്റെ ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ പോവില്ല ഈ ഷുഗർ പിടിച്ച ആളുകളുടെ അടുത്തിരുന്ന് പായസം കഴിച്ചാലുണ്ടല്ലോ നമ്മൾ കഴിക്കുമ്പോഴാവും അവര് ഒരേ ഷുഗർ ഉള്ളവരൊക്കെ ക്ഷമിക്കണേ അവസ്ഥ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ പായസം കഴിക്കുന്ന സമയത്ത് ഒരാള് കൊതി പിടിക്കുക പറയില്ലേ വയറി അതുകൊണ്ട് കഴിക്കുന്ന സമയത്ത് നോക്കണം ഷുഗർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അടുത്തരത്തിലുള്ള ആൾക്കാർ പായസം കിട്ടി ഉറപ്പ് പോയസം കിട്ടി ഏതായാലും നോക്കൂ ഇതൊക്കെ ഇത്ര വളരെ സത്യം പറയുന്നത് പറയുന്നു അഹം പജാ മി ആരാ പജിപ്പിക്കുന്നത് ഭഗവാനാണ് പജിപ്പിക്കുന്നത് ഭഗവാൻ പജിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഓൾ സിസ്റ്റം എൻറ്റയർ സിസ്റ്റം ഈസ് വർക്കിംഗ് ബിക്കോസ് ഓഫ് എങ്ങനെയാണ് ദഹിപ്പിക്കുന്നത് പ്രാണാപാന ദഹിപ്പിക്കുന്നത് പ്രാണാപാന പ്രാണനോടുകൂടി ചേർന്നിട്ടാണ് സപ്പോസ് അല്ല എങ്ങനെ നമ്മൾ പരിശീലിക്കണോ ഇതൊക്കെ പ്രാണനാണ് ശരിക്കും ഭക്ഷണം ദഹിപ്പിക്കുന്നത് ഈ വിശപ്പും ദാഹവും ഒക്കെ നമ്മുടെ വയറിനല്ല ഉള്ളത് ആർക്കാ നിങ്ങളുടെ മനസ്സിനും അല്ല വിശപ്പും ദാഹവും വയറിനൊരു വിശപ്പുമില്ല ദാഹവും ഇല്ല ആർക്കാണ് വിശപ്പും ദാഹവും അടുത്ത വീട്ടിലെ കല്യാണിക്കുട്ടിക്ക് ഉം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആർക്കാ ഈ വിശപ്പുന്താ ഹോക്കയറിനാണോ അല്ല പിന്നെ മനസ്സിനാണോ പിന്നെ ആർക്ക പ്രാണനാണ് ഈ മനസ്സിനല്ലാന്ന് പറയാൻ കാരണം നിങ്ങൾ ചിലപ്പോണ്ടല്ലോ സ്വപ്നത്തിൽ അടുക്കളയിൽ പോയി ഭക്ഷണം കഴിക്കുന്നൊക്കെ സ്വപ്നം കാണും ചിലത് നല്ലവണ്ണം വയർ നിറച്ച് കഴിച്ചാലും അവര് അടുക്കളയിൽ പോയിട്ടൊക്കെ കഴിക്കുന്നത് കല്യാണത്തിന് പോയി സ്വപ്നം കാണും അപ്പൊ നല്ല നിറഞ്ഞിരിക്കുന്നുള്ള വയറിന് ബോധ്യമുണ്ടെങ്കിൽ മനസ്സിന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ മനസ്സിന് തോന്നേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ മനസ്സിനല്ല വാസ്തവത്തിൽ വിശപ്പ് വിശപ്പും ദാഹവും മുഴുവൻ പ്രാണനാണ് അപ്പൊ പ്രാണനാണ് ദഹിപ്പിക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് പ്രാണനുള്ള ഭക്ഷണം കഴിക്കണം എന്നാണ് പ്രാണനുള്ള ഭക്ഷണം ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം എന്ന് അതുകൊണ്ടാണ് പറയുന്നത് അതായത് ജീവൻ പരിപൂർണമായി ഉവാത്ത ഭക്ഷണം നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ ഈ എന്താ പറയുക സാലഡുകളൊക്കെ ഇതൊക്കെ കഴിക്കുന്നതോറും നമ്മുടെ പ്രാണശക്തി കൂടുന്നതാണ് കാരണം പ്രാണനുള്ള ഭക്ഷണത്തിൽ നിന്നും പ്രാണൻ എടുക്കാൻ സാധിക്കുന്ന നമ്മൾ കൂടുതൽ കത്തി ബോയിൽ ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നുകൊണ്ടായിരിക്കാം നമുക്ക് ശരീരമുണ്ട് പക്ഷെ ആരോഗ്യം കുറയുന്നത് ഈ കാര്യത്തിൽ നമ്മൾ ഈ മുസ്ലിങ്ങളെയൊക്കെ കണ്ടുപഠിക്കാനുണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുണ്ടല്ലോ വളരെ ആരോഗ്യമുള്ളവരായി തരാനുള്ള ഒരു കാരണം അവർ നമ്മളെപ്പോലെയല്ല അവർ നോൺ വെജ് കഴിക്കുമെങ്കിലും ധാരാളം മേലകളൊക്കെ കഴിക്കരുത് ഒരുപാട് ഇലകളൊക്കെ കഴിക്കും ഈ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ കുറവാണ് പൊതുവെ നിങ്ങൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള മുസ്ലിങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്റ് വെസ്റ്റ് രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഇലകൾ കഴിക്കുവര് പലതരത്തിലുള്ള ഇലകൾ നമ്മുടെ ഇന്ത്യയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കുറവ് അത് നമ്മൾ പരിശീലിച്ചെടുക്കണം ഈ സാലഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീവനുള്ള അതായത് പ്രാണനുള്ള സാധനം കഴിക്കുമ്പോൾ പ്രാണന് പ്രാണന്റെ ശക്തി കൂടും ഈ ഋഷിമാരൊക്കെ ഉണ്ടല്ലോ മഹർഷിമാരൊക്കെ വെറും പച്ചക്കായ്കളൊക്കെ കഴിച്ചിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് അതിന്നങ്ങനെയാണ് ഊർജിത്തെ എടുത്തിരിക്കുന്നത് നമ്മളീ കത്തിച്ച് നശിപ്പിച്ച് ഓവർ ബോയിൽ ചെയ്ത് അതിന് ഇനി ഒന്നും കിട്ടാൻ ബാക്കിണ്ടാവില്ല ഈ സാധനാണ് ആർക്കും കൊടുക്കണത് ഭഗവാനും കൊടുക്കണേ ഭഗവാൻ പറയും ഇങ്ങനത്തെ ചപ്പ് ചവർ എനിക്ക് തന്നിട്ട് എന്താ കാര്യം കുറച്ച് നല്ല എസെൻസ് വല്ലതും തന്നുകൂടെയാണ് അതെന്താ ഉണ്ടാക്കുക കുറെ ഫാറ്റ് ഉണ്ടാക്കും അതുകൊണ്ട് നമ്മളിങ്ങനെ വണ്ണം വെച്ചു വരും ആരോഗ്യം കുറഞ്ഞു കുറഞ്ഞു വരും നമുക്ക് തോന്നുന്ന പ്രായ എന്താണ് വണ്ണമുള്ളവർക്ക് കൂടുതൽ ആരോഗ്യം ഉണ്ട് എന്നാണ് പക്ഷെ നേരെ വിപരീതമാണ് വണ്ണം കൂടുന്തോറും കൂടുതലാണോ കുറവാണോ പെട്ടി എടുത്ത് തൂക്കട്ടെ അവര് നമുക്ക് തോന്നും പത്ത് പെട്ടിക്ക് അവരുടെ തലയിൽ പോകുന്നത് ഒരു പെട്ടി പോലും തൂക്കാൻ പറ്റില്ല അവർക്ക് അതെന്തുകൊണ്ടാണത് ഫാറ്റുണ്ട് ആരോഗ്യമില്ല ആരോഗ്യമുണ്ടാവണമെങ്കിൽ ആരോഗ്യം തരുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നു അതായിരിക്കാം ഭഗവാൻ പറഞ്ഞത് ഞാനാണിതിനെയൊക്കെ ദഹിപ്പിക്കുന്നത് എന്നിട്ടോ ഇനി ഞാൻ എവിടെ ഇരിക്കുന്നത് ഭഗവാൻ തന്റെ സാന്നിധ്യം എവിടെയാ പറഞ്ഞു തരുന്നത് ഹൃതി സന്നിവിഷ്ടോ മത്തസ്മതി ജ്ഞാനമോഹനം ചേദൈ സർവൈരഹമേവേദ്യോ ഹം സർവസ്യ ഹൃദി അഹം സന്നിവിഷ്ണു എവിടെയാണ് ഭഗവാൻ തന്റെ സാന്നിധ്യം പറയുന്നത് നോക്കൂ എവിടെയും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഞാനൊരു വിഗ്രഹത്തിലാണെന്ന് ഭഗവാൻ പറയുന്നത് ഉണ്ടോ അത്ര ഉറപ്പിക്കുകയാണ് ഭഗവാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ നിങ്ങളുടെ കൂടെയാണ് ഉള്ളിലാണ് നിറഞ്ഞിരിക്കുകയാണ് മത്തസ്മൃതി ഞാൻ മത്തലിന്റെ ഇവിടെ മത്തൻ എന്ന് പറഞ്ഞാൽ സ്മൃതി ജ്ഞാനം അപോഹനം ഞാൻ കാരണമാണ് നിങ്ങൾക്ക് സ്മൃതി ഓർമ്മശക്തി നിലനിൽക്കുന്നത് ജ്ഞാനം അപോഹനം എന്ന് പറഞ്ഞാൽ മറവി നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാവുന്നതും എത്ര ഗംഭീരമാണ് നോക്കൂ ഭഗവാന്റെ ഒരു സാന്നിധ്യവും കാരുണ്യവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ അറിയുള്ളൂ എത്ര വലിയ ദുരന്തങ്ങളായാലും കുറച്ചു ദിവസം കഴിഞ്ഞാൽ നമ്മൾ മറക്കാൻ കാരണം അത് ഭഗവാന്റെ ഒരു കാരുണ്യമാണ് അതെങ്ങാനും നമ്മൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുക ഈ ലോകത്തിൽ പിന്നെ നിങ്ങക്ക് ജീവിക്കാൻ പറ്റില്ല ഉണ്ടോ നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മങ്ങളുടെ ഒക്കെ ഓർമ്മ ഈ ജീവിതത്തിൽ ഉണ്ടായാൽ റോട്ടിലൂടെ നടക്കാൻ പറ്റും നിങ്ങക്ക് ഭ്രാന്ത് പിടിക്കും നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിലെ ഭർത്താവിനെ ഈ ജന്മം പരിചയപ്പെടുക അയാൾ പറയണം മീനാക്ഷി നിനക്ക് മനസ്സിലായോ കഴിഞ്ഞ ജന്മം ഞാൻ നിന്റെ ഭർത്താവായിരുന്നു എന്ന് പറഞ്ഞു നിങ്ങളുടെ കൂടെ വന്നാൽ ഇപ്പൊ നിങ്ങൾ ചിരിക്കും കഴിഞ്ഞ ജന്മത്തിലെ മക്കള് നിങ്ങളുടെ പിന്നാലെ വരിക ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതമുക്തം മയാനഘുദ്ധിമാൻ കൃതകൃത്യശ്ചാരത ഏതത് ബുദ്വാ ഇതൊക്കെ നല്ലവണ്ണം അറിഞ്ഞാൽ ബുദ്ധിമാൻ ഏത് മാനാവും അങ്ങനെയുള്ള ഒരാളായി തീരണ്ടേ നമുക്ക് അവർക്ക് എന്താ പ്രത്യേകത കൃത കൃത്യസ്ഥ എന്തുണ്ടാവും കൃതാർത്ഥതയുണ്ടാവും ഞാൻ അറിയേണ്ടതൊക്കെ അറിഞ്ഞു എൻ്റെ ജീവിതത്തിൽ നേടേണ്ടത് എന്താണെന്ന് വ്യക്തമായി ഈ ബോധ്യം അതെങ്ങനെ മനസ്സിലായി ഈ ശാസ്ത്രം മനസ്സിലായി ഇത് ഗുഹ്യതമം ശാസ്ത്രം ഈ ശാസ്ത്രത്തിലൂടെ എനിക്ക് മനസ്സിലായി എന്താണ് നേടേണ്ടത് എവിടെ നിന്നാണ് എങ്ങനെയാണ് പുറപ്പെടേണ്ടത് എല്ലാ കാര്യങ്ങളും എനിക്ക് റൂട്ട് ക്ലിയറായി ലക്ഷ്യവും ക്ലിയറായി അവരെയാണ് എന്ത് വിളിക്കുക ബുദ്ധിമാന് അതായത് എത്തേണ്ടതും എവിടെയാണെന്ന് എങ്ങനെയാണ് എത്തേണ്ടതെന്ന് മനസ്സിലായവരാണ് ബുദ്ധിമാന്മാര് അവരാണ് എവിടെ എത്തിച്ചേരുക എന്നിന് എത്തിച്ചേരുക ഇപ്രകാരം പറഞ്ഞ് കൃതകൃത്യന്മാരായി അവർക്ക് നല്ലൊരു ശതമാനം ആളുകൾ കൃതാർത്ഥരാവാതെയാണ് മരിക്കുന്നത് കൃതാർത്ഥത നേടണമെങ്കിൽ എന്താണ് നേടേണ്ടതെന്നുള്ളതും എങ്ങനെയാണതൊക്കെ നേടേണ്ടത് എന്നുള്ളൊക്കെ നല്ല ബോധ്യം അതൊക്കെ ആര് പറഞ്ഞുതരും ഇതി ഗുഹ്യതമം ശാസ്ത്രം ഗീതയെപ്പോലുള്ള ശാസ്ത്രം നോക്കൂ ഇതിനെ വിളിക്കുന്നത് ശാസ്ത്രം എന്നാണ് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്കും പരീക്ഷിച്ച് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷിക്കാം മെനക്കെട്ട് നോക്കിയാൽ നമുക്കൊക്കെ പരീക്ഷിച്ചു നോക്കിയാൽ ഈ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യം വരും ഇപ്രകാരമുള്ള ഗീതാശാസ്ത്രം ഞാൻ പറഞ്ഞു എന്ന് ഭഗവാൻ പറയാണ് അപ്പൊ അങ്ങനെ പതിനഞ്ചാം അധ്യായം ഏറെക്കുറെ നമ്മളിവിടെ നോക്കി കൂടുതൽ ആഴത്തിൽ പഠിക്കണം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കതിന്റെ ഒരു ജിസ്റ്റ് പറഞ്ഞു പോയി മാത്രം കൂടുതൽ കൂടുതൽ ആഴത്തിൽ അത് പഠിക്കണം അപ്പൊ മനസ്സിലാവു അത് ഈ ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോ ഉപനിഷത്ത് ശ്ലോകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഋഷീശ്വരന്മാര് വേദത്തിൽ പറഞ്ഞതിനെ കണക്ട് ചെയ്തിട്ടാണ് ഭഗവാൻ എടുത്തിരിക്കുന്നത് അസുതി ഭഗവാന്റെ സ്വന്തം വാക്കുകളാണെന്ന് പറയാൻ പറ്റില്ല ഊർധമൂലമതശാഖം വശത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് കടോപനിഷത്തിൽ അതേ വാക്കുകൾ വരുന്നുണ്ട് അവിടെ നിന്ന് എടുത്തതാണ് ഇങ്ങനെ ഓരോ വാക്കുകളും അക്ഷരപുരുഷൻ എന്നൊക്കെ ഉള്ളത് സാഖ്യയോഗത്തിൽ നിന്ന് ഭഗവാൻ എടുത്തിരിക്കുകയാണ് അവിടെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സാങ്കയോഗം എന്നുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ വരുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിലുണ്ടായിരുന്നൊരു ശാസ്ത്രമാണ് അതിനെ പറഞ്ഞിരിക്കുന്നത് രണ്ടു പേരാണ് ഒന്ന് ഈശ്വര എന്ന് പറഞ്ഞ അവതാരമൂർത്തി രണ്ടാമത് കപില വാസുദേവൻ കപില വാസുദേവനാണ് ഇവിടെ വരുന്നത് ശ്രീമത് ഭാഗവതത്തിൽ ഭഗവാൻ കപിലന്റെ പേര് മുഴുവൻ പേര് കപില വാസുദേവൻ എന്നാണ് ശരിക്കും സാങ്കേതിക യോഗം പറഞ്ഞിരിക്കുന്നത് എന്ന് അങ്ങനെ ഒരാളുണ്ട് ഒരു അവതാരമൂർത്തി അതൊന്നും നമുക്കത്ര അറിയില്ല കാരണം അതൊക്കെ വളരെ പ്രാചീന ഗ്രന്ഥങ്ങളാണ് ഇതെയൊക്കെ ബേസ് ഭഗവാൻ ഗീതയിലെ പല ശ്ലോകങ്ങളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഭഗവാൻ എഴുതിയിരിക്കുന്ന കഠോപനിഷ ഗീത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കഠോപനിഷത്തുണ്ട് ഇതിൽ മുണ്ടകോപനിഷത്തുണ്ട് മാണ്ഡുക്യ ഉപനിഷത്തിലെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഭഗവാൻ ഇങ്ങനെ പല ഉപനിഷത്തിൽ നിന്നും അതാണ് ഭഗവാൻ അതിനെ ശാസ്ത്രം എന്ന് വിളിച്ചത് ഞാൻ എന്റേത് അഭിപ്രായം പറയല്ല ഇതൊക്കെ മുമ്പ് ഋഷീശ്വരന്മാര് പറഞ്ഞു വെച്ചതാണ് ഇതെന്റെ അനുഭവമാണ് ഞാൻ ബോധ്യപ്പെട്ട കാര്യമാണ് അർജുനൻ ഞാൻ പറയുന്നത് ഇതുപോലെ നമ്മളൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്നതിനൊക്കെ ക്രമേണ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കണം അപ്പൊ ഭഗവാൻ പറയുന്നു നിങ്ങളെ ദുഃഖങ്ങളൊന്നും അലട്ടില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുഃഖങ്ങൾ അലട്ടുണ്ടോ ഇല്ലയെന്ന് നമ്മളൊന്ന് പരീക്ഷിക്കണം എങ്ങനെയാ പരീക്ഷിക്ക ഭർത്താവിനോട് പോയി പറയൂ രണ്ടെണ്ണം തന്നോളൂന്ന് അലട്ടുണ്ടോ ഇല്ലയെന്ന് ഞാൻ നോക്കട്ടെ എന്ന് എങ്ങനെ പറയാൻ പറ്റുമോ ഏ അങ്ങനെയാണോ അലട്ടുണ്ടോ നോക്കുക ഈ ഗിനി പിക്സിന് കുത്തിവെക്കുന്നത് പോലെ ഒന്ന് നാല് ചീത്ത പറഞ്ഞു നോക്കി ഞാൻ നോക്കട്ടെ എന്ന് അങ്ങനെയാണോ അല്ല സിറ്റുവേഷൻ വരുമ്പോ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഗീതയൊക്കെ പറയുന്നത് ശരിയാണ് കുറെയൊക്കെ വേണമെങ്കിൽ നമുക്കിതൊന്നൊക്കെ ഉയരാൻ അപ്പൊ അങ്ങനെ പ്രായോഗികമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബോധ്യം വന്നു കൃഷ്ണൻ പറയുന്നതൊക്കെ നൂറ് ശതമാനം ശരിയാണ് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുക മനസ്സിലാവുണ്ടല്ലോ അത ഷോടോധ്യയാണപരമാത്മന ശ്രീഭഗവാച അഭയം സത്സംശുദ്ധി ജാനോകൃവസ്ഥി ദാനം ദമശ്ച യശ്ച സ്വാധ്യയസ്ത ആർജവം അഹിംസ സത്യമ്രോധ്യാന്തിരപൈശുനൂതേഷോലുപത മാർവം ഹ്രീ അചാല തേജക്ഷമാതൃതി ശൌജം അദ്രോഹോതിമാനിതം ദീ അജാതയാരതോ ദർപ്പോഭിമാനശ്ചോധ പാരുഷ്യമേജ്ഞാനം ചാഭിജാത പാർ സമ്പദമാസുരീ ദീ സമ്പൽ വിമോക്ഷാ നിപന്ധസു മദ മാജ സമ്പതം ദീ ചോഭൂതസർഗോ ലോകേസ് ആരേ ദൈവോ വിതരശ പ്രോക്ത ആസുരം പാർത്ത മേ ശൃോ പ്രവൃത്തി വൃത്തി <Janaana> vidu asura, na bijajaru, na satyam ു ആസുര നൌജം pradishtam te ജഗദാഹൂ അനീശരം അപരസ്പര സമ്പൂത के ൈതൃയവഷ്ടഭ്യാത്മാനോൽപ്പബുദ്ധയാുഭ്യകർമാണദോഹിത കാമമാസുഷരം ി മോഹാൽ ഗൃഹീവാ സദ്ഗ്രഹൻ പ്രവർത്തു ജിവ്രത ചിന്ത അപരിമേയാം ഏതാവശിത ആശാ പാശേ ബാമ്രോധപരാണ ഈഹന് അന്യാ സഞ്ചയാദമയാധം ഇമം പ്രാപേ മനോരഥം ഇതീതമവിഷ്യന്തി പുനർധന അസോ മയാഹത ശത്രു അനിശേജാ ഈശ്വരോഹം അഹംഭോ സിദ്ധോഹം ബലവാൻസുഖീ ആക്ഷ്യോപിജനവാസ് കോന്യോസ്തി സദൃശോ മയാദിശ്യ മോഹിത അനേകചിത്ത വിഭ്ര മോഹജാലസമാവൃത പ്രസക്താമോ അതന്തി നരകേഷു ജോ ി യേ നമയജ്ഞസ്തേ ദമ്പേനവിധി പൂർവകാരം ബലം ദർപ്പം കോധം ച സംസ്രിത മാത്മപരദേഹേഷ പ്രതിഷ്യന്തോയസൂയ കാനഹം തിഷതക്രൂരാൻ സംസാരേഷു നധമാൻ ശിവാമയജസ്രമശുഭാൻ ആസുരീഷേവോനിഷു ആസുരി യോനിമാപന്ന ൂടാ ജന്മനി ജന്മനിമാ കൗന്യ തതമാതിവിദം നരകേദാശനമാത്മന കാമോധത്ത ലോഭ യം ജകൗന്ദേ തമോദ്വരയത്രി ആചരയാത്മന ശ്രേ തിശാസ്ത്രമുൽസൃ വേമകാര സിദ്ധിമവാതി നുഖം നാസ്ത്രം പ്രമാണം തേ വസ്തിഥിതോ ജാ ശാസ്ത്രവിധാനോ കർമ്മകർമി അർഹസിമവത്ഗീത ഉപനിഷത്സു ബ്രഹ്മവിദ്യ യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദ ദൈവാസുരസമ്പദ് വിഭാഗയോഗോ നാമ ഷോടോധ്യായ പതിനാറില് ഭഗവാൻ രണ്ടു തരം സമ്പത്തിനെ കുറിച്ച് പറയാണ് ഒന്ന് ദൈവീ സമ്പത്തും ഏതാണ് ആസുരീ സമ്പത്ത് എന്താ ഇതിന്റെ പ്രത്യേകത അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ദൈവീ സമ്പൽ വിമോക്ഷായ നിബദ്ധായ സുരീമുജ സമ്പതം ദൈവീ അഭിജാദോസി പാണ്ഡവൈവീ സമ്പത്തുമുണ്ട് ഏത് സമ്പത്താണ് ദൈവീസമ്പത്ത് വിമോക്ഷായ വിമോക്ഷം മോക്ഷത്തിലേക്ക് നയിക്കും ഏത് ദൈവീസമ്പത്ത് നിബദ്ധായ നിങ്ങളെ ബന്ധിക്കും ഏത് ഒരു സമ്പത്തിനെ നമ്മളെ ബന്ധിക്കാൻ പറ്റും ഒരു സമ്പത്തിന് നമ്മളെ മുക്തരാക്കാൻ പറ്റും അപ്പോ ചില മക്കള് നമുക്ക് മുക്തി തരുന്നവരുമുണ്ട് ചില മക്കള് നമ്മളെ ബന്ധിക്കുന്നവരുമുണ്ട് നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണിച്ചാൽ ആ മക്കൾ നിങ്ങളെ ബന്ധിക്കും പറയണ്ടല്ലോ മറ്റുധാരാ മുക്തി തരിക എന്നുള്ളത് ജീവിതത്തിൽ വിരക്തി തരുന്ന മക്കളും ഉണ്ട് അല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നന്നാൽ നിങ്ങൾക്ക് ജീവിതത്തോട് വേഗം വിരക്തി വരും അങ്ങനെയുണ്ട് നമുക്ക് ഒരു ബന്ധം നമ്മളെ വിരക്തരാക്കും എല്ലാവർക്കും മാരേജ് ലൈഫ് ബന്ധനാണ് ഉണ്ടാക്കുന്നത് ചിലർക്ക് പെട്ടെന്ന് വിരക്തി ഉണ്ടാക്കുന്നവർക്ക് ഇപ്പൊ രണ്ടുമുണ്ട് ബന്ധനവും ഉണ്ട് വിരക്തിയുണ്ട് ഇപ്പൊ ബന്ധനമുണ്ടാക്കുന്നത് അസുരീ സമ്പത്താണ് അപ്പൊ നല്ല ബന്ധങ്ങളൊക്കെ മനസ്സിലായില്ലേ നിങ്ങക്ക് ബന്ധിക്കുന്ന ബന്ധങ്ങളൊക്കെ ആസുരീ ബന്ധങ്ങളാണ് മുക്തി തരുന്ന ബന്ധങ്ങളൊക്കെ ഇനി വീട്ടിൽ ചെന്ന് പറയും അങ്ങനെ പറയൂ മാ ലോകം ഇതൊന്നും വീട്ടിൽ ചെന്ന് പറയുന്ന നിങ്ങളൊക്കെ അസുരന്മാരാണ് അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഏ മാശുത സമ്പതം ദൈവം സമ്പത്തുള്ളവരൊന്നും ശുജ എന്താ പറഞ്ഞത് എവിടെതാണ് നമ്മൾ തുടങ്ങിയത് മാശുജ് മാ ശുജ പറഞ്ഞാൽ കളരരുത് ദുഃഖിക്കരുത് പരാതി വരും ഇത് നമ്മളെ പ്രാക്ടീസ് ചെയ്യണം ഏഴു ദിവസം കൊണ്ടൊക്കെ വല്ലതുമായിട്ടുണ്ടോ തിരിങ്കിലായവരുണ്ടോ ഇത്ര ആയിട്ടുള്ളവരുണ്ട് എത്രയുണ്ട് ഇത്രയായിട്ടുള്ളവർ എത്ര ഉണ്ട് കുറച്ചെങ്കിലായിട്ടുണ്ടോ കോൺഫിഡൻസ് കുറച്ചെങ്കിലും ഡെവലപ്പ് ചെയ്തു തോന്നുന്നവർ എത്ര പേരുണ്ട് വെരി ഗുഡ് സത്യസന്ധമായിട്ടാ പറയണത് കുട്ടികളെ പോലെ അനുസർ അറിയില്ലല്ലോ നിങ്ങള് ഓക്കെ ദൈവീ സമ്പത്ത് വിമോക്ഷായ ആശുപത്രി അപ്പൊ എന്തൊക്കെയാ ദൈവീ സമ്പത്ത് ഭഗവാൻ പറയുന്നു ആദ്യം അതാണ് ഭഗവാൻ തുടങ്ങി വെക്കുന്നത് ഭവന്തി സമ്പതം ദൈവം ആദ്യത്തെ അഭയം ഒന്നാമത്തെ ഗുണമാണ് ദൈവീസമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അഭയം അഭയം എന്ന് പറഞ്ഞാൽ ഭയം ഇല്ല എന്ന് പറഞ്ഞാൽ ഭയം ഇല്ല എന്ന് പറഞ്ഞാൽ പട്ടിയുടെ മുന്നിലും ഞാൻ ഗീതയൊക്കെ കേട്ടിരിക്കുകയാണ് എനിക്കൊരു ഭയം ഇല്ല എന്ന് പറയേണ്ടതാണോ ആന നടന്നു വരുന്ന സമയത്ത് ആനെ പണ്ട് ഞാൻ ഗീത കേട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഗീതയൊക്കെ കേട്ടിരിക്കാണ് നീയല്ല നിന്റെ അപ്പൂപം വന്നാലും എനിക്ക് യാതൊരു പേടിയില്ല എന്ന് പറഞ്ഞിരുന്നാൽ ആന തൂക്കിയിട്ട് കയറി അതാണോ അഭയം എന്ന് പറഞ്ഞാൽ അല്ല എന്താ അഭയം എന്ന് പറഞ്ഞാൽ അർത്ഥം നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് അവർക്ക് യാതൊരു ഭയമില്ല നമുക്ക് വല്ലതും നഷ്ടപ്പെടുമെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് ഭയം വരുന്നത് അവരെ സംബന്ധിച്ച് നഷ്ടങ്ങളെക്കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത് നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരസുരന്മാരാണ് നഷ്ടപ്പെടാത്ത എന്തുണ്ട് എന്താത്രയും ദിവസവും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആരാണ് കൂടെയുള്ളത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അത് ഒരിക്കലും നഷ്ടപ്പെടില്ല ഭഗവാൻ എനിക്ക് ഈ ബോധമുള്ളവരൊക്കെ ദൈവീസമ്പത്താണ് അപ്പൊ ഭയം വരും നമ്മുടെ ഉള്ളില് കാരണം മനുഷ്യബന്ധങ്ങളല്ലേ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോണു എന്ന് പറയുമ്പോ തന്നെ ഉണ്ടാവില്ലയോ പൊതുവെ നമുക്ക് കുട്ടിക്കാലത്തെ ഇങ്ങനെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട് ദൈവം നമുക്ക് എന്താണ് കൂടുതൽ ദൈവത്തിനോട് അടുത്താൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ ദൈവം അകറ്റിക്കളയും അതുകൊണ്ട് നമ്മൾ ദൈവത്തിനോട് ഒരിക്കലും അടുക്കാൻ പോകരുത് ചിലതൊക്കെ നമ്മളെ തെറ്റായിട്ടാണ് ധരിപ്പിച്ചിരിക്കുന്നത് പിന്നീണ്ട് നമുക്ക് കുറെ അന്ധവിശ്വാസങ്ങൾ ഈ മരിച്ചുപോയ പ്രേതങ്ങൾ നമ്മളെ പിടികൂടും മറ്റെങ്കിലും നിങ്ങൾ വീട്ടിൽ നിൽക്കണമോ ഒരു വവാലി വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിന്റെ അകത്തുനിന്ന് ഒരു വവാലുപോയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ തോന്നുക ഒരു പക്ഷി പറക്കുന്നതുപോലെയല്ല പലർക്കും തോന്നുക പലരും കരുത മുത്തശ്ശൻ അല്ലെ മുത്തശ്ശി ആരോ പ്രേതങ്ങള് വന്ന് പോകുന്നത് പോലെ കാരണം ഇതൊക്കെ പ്രേതങ്ങളാണെന്നൊക്കെ ഉള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഉണ്ടോ കൊറേ ധാരണകളില്ലേ നിങ്ങക്ക് നിങ്ങളുടെ വീട്ടിലൊരു പാമ്പുകാവ് ഉണ്ട് ഞാൻ നിങ്ങൾ ഒറ്റയ്ക്ക് പോവോ അവിടെ നാട്ടില് ഞാൻ ബോംബെയിലല്ല പറയുന്നത് പോവോ രാത്രി അവിടെ പോവരുത് ഇങ്ങനെ കുറെ ഭയം നമ്മുടെ ഉള്ളിൽ വരുത്തിയിട്ടുണ്ട് ഈവൻ ക്ഷേത്രങ്ങളിൽ പോലും ഒരു സമയം കഴിഞ്ഞാൽ പോകരുത് ദൈവം നമ്മളോട് കോപിക്കുന്നൊക്കെയാണ് ഏതായാലും ഭയം നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഉണ്ടാക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തെ വീട്ടിന്റെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ പറയാം അവിടെ ഭൂതണ്ട് പ്രേതണ്ട് എന്നല്ലേ വളർന്ന് കുട്ടിക്കാലത്തെ ആ അങ്ങനെയാണ് അതെ അങ്ങോട്ട് നോക്കരുത് അവിടെ പ്രേതണ്ട് ഭൂതണ്ട പിന്നെ അവിടെ ചെല്ലുമ്പോഴാ മനസ്സിലാവ് വീട്ടിലുള്ളവർ എന്നെരുന്നു പ്രേതങ്ങൾ എന്ന് അതിന് വലിയ പ്രേതങ്ങളൊന്നും വേറെ ഈ വീട്ടിലുണ്ടായിരുന്നില്ല ശരിയാങ്ങനെ നമ്മൾ ഒരുപാട് പേടിയുണ്ടല്ലോ കുട്ടിക്കാലത്തെയും കുത്തി നിറച്ചത് കൊണ്ട് നമുക്ക് പലതിനെക്കുറിച്ചും പേടി ഉള്ളിന്റെ ഉള്ളിൽ നഷ്ടപ്പെടൂന്നോർത്ത് ഭയം പലതിനെ കുറിച്ചും ഭയം ഈവൻ നിങ്ങളെ ജോലിഷ്യന്മാർക്ക് ഭയപ്പെടുത്താൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ കടന്നുകൊണ്ട് ഉറക്കം വരുന്നില്ലാന്ന് പറഞ്ഞാൽ അവര് പറയാണ് നിങ്ങളുടെ മുത്തശ്ശൻ അവിടെ നിന്നല്ലേ ആ പ്രേതം വിട്ടുപോകാത്ത കൊണ്ടാണെന്ന് അതുവരെയുള്ള മുത്തശ്ശനോടുള്ള ആദരവ് ശരിയാണോ അങ്ങനെ പറഞ്ഞാൽ നിങ്ങക്ക് ഉറക്കം വരുമോ അദ്ദേഹത്തിനോട് എന്താ ആദരവുണ്ടാവ് കഷ്ടകാലം ഇവിടുന്ന് ചാവണ്ടിയിലിരുന്നു അദ്ദേഹം ഇവിടെ ചത്തത് കൊണ്ടല്ലേ നമുക്ക് സമാധാനം ഇല്ലാത്തത് ഇനിയിപ്പെന്ത് ചെയ്യണം അതിനെ ആവാഹിച്ച് പുറത്താക്കണം അതിന് എത്ര രൂപ വരും ഇരുപത്തയ്യായിരം രൂപ ഇപ്പൊ മുത്തശ്ശനെപ്പൊ പിടിച്ച് പുറത്താക്കണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വേണം ആലോചിച്ചു നോക്കുക ഇങ്ങനെ ജ്യോത്സ്യന്മാർ വിചാരിച്ചാൽ നിങ്ങക്ക് ഭയം തരാൻ സാധിക്കും നാട്ടുകാര് വിചാരിച്ചാൽ ഭയം തരാൻ സാധിക്കും ഓരോന്നിനും നമ്മുടെ സമൂഹം അങ്ങനെയാണെന്ന് അതുകൊണ്ട് അഹിംസാ സത്യമക്രോധം ത്യാഗ അഹിംസ സത്യം അക്രോധം ദൈവീസമ്പത്താണ് ഏത് അക്രോധം അക്രോധം എന്ന് പറഞ്ഞാൽ ഏതിനെ ജയിക്കണം അത് കുറച്ചങ്ങൾ ജയിക്കണം അത് പലർക്കും ലേശം ജയിക്കാനുണ്ട് ത്യാഗ ശാന്തി ത്യാഗം ത്യാഗം എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ചിന്തകളെ ത്യാഗം ചെയ്യാനുള്ള മനസ്സ് ധൈര്യമുള്ള മനസ്സ് ശാന്തി എപ്പോഴും മനസ്സിൽ ശാന്തി കൊണ്ട് നടക്കുക അപൈചുനം അപൈശ്വനം എന്ന് പറഞ്ഞാൽ പിശുക്കില്ലായ്മ കൊടുക്കാനുള്ള മനസ്സ് ദാനം ദമസ്ച യക്യശ്ച സാധ്യായം ഇതൊക്കെ ഏത് ഗുണങ്ങളാ പറയുന്നത് ഏത് ഗുണങ്ങളാ പറയുന്നത് ഇതൊക്കെയാണ് ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാള് ദൈവീസമ്പത്തുള്ള ഒരാളാണ് പിന്നെ പറയുന്നു തേജക്ഷമാൃതി ശൗചം അദ്രോഹോ നാദിമാനിത ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഇതൊക്കെയാണ് ഇനി ആസുരീഭാവം എന്തൊക്കെയാണ് ദമ്പോ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ ദമ്പം അയാൾക്ക് വലിയ ദമ്പാണെന്ന് നമ്മൾ പറയാറുണ്ട് ദർപ്പം ഒന്ന് ദമ്പം എന്ന് പറഞ്ഞാൽ വലിയവനാണെന്നുള്ളൊരു ഭാവം മറ്റത് അഹങ്കാരം കാണിക്കുക പിന്നെ അഭിമാനം ക്രോധം ആരുഷ്യം അജ്ഞാനം ഇതൊക്കെ ഏതാണ് ആസുരീ സമ്പദ് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ മിക്സിങ് ആണെന്ന് കുറച്ച് ആസുരിയുണ്ട് ദൈവിയുമുണ്ട് അപ്പം ദൈവീ സമ്പത്ത് കൂട്ടണം ആസുരി സമ്പത്ത് കുറയ്ക്കണം അപ്പൊ എങ്ങനെ ആസുരി സമ്പത്ത് കുറയ്ക്കുക അതിനെന്ത് വേണം ദൈവീ സമ്പത്ത് കൂട്ടിക്കൊണ്ട് വരണം വേണ്ടത് പിന്നെ പറയാണ് ഭഗവാൻ പിന്നെ ആസുരി സമ്പത്തിനെ ഞങ്ങൾ വർണ്ണിക്കുകയാണ് ഈ ആസുരി സമ്പത്ത് കൂടിയാൽ എന്താ കുഴപ്പമെന്നറിയോ ം ബലം ദർപ്പം കാമം ക്രോധം ച സംശയത മാമാത്മ പരീക്ഷ പതിശന്തോപ്യസൂയക അഹങ്കാരം ബലം ദർപ്പം ഇതൊക്കെ വെച്ചിട്ട് മറ്റൊരാളെ തെറ്റായ രീതിയിൽ മറ്റൊരാളെ വേദനിപ്പിക്കണമെന്നുള്ള രീതിയിൽ വേദനിപ്പിക്കുന്നതുണ്ടല്ലോ അങ്ങനെയുള്ളവരെ അഹം വിശദക്രൂരാൻ സംസാരിച്ചു നരാധമാൻ ശിഭാമി ഞാൻ അവരെയൊക്കെയാണ് ഞാൻ ടെററിസ്റ്റുകളാക്കുക എന്നാണ് ഓക്കെ എത്ര പറയുന്ന പ്രസ്ഥാനം എത്ര ശരിയാണെന്നുള്ളത് അഹം വിഷത മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് ജീവിക്കുന്ന ആളുകളെ ക്രൂരാൻ ക്രൂര സംസ്കാരമുള്ള സംസാരത്തിൽ നരാധമന്മാരായി ക്ഷിപാമി ഞാൻ അവരെ വീഴ്ത്തുന്നാ പറയുന്നത് അതായത് അങ്ങനെ ക്രൂര കാണിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ആ സംസ്കാരത്തിലേക്ക് അവരെ ഞാൻ വീഴ്ത്തുന്നു